ബഹുതരം അസംഖ്യം വയറുകൾ അതുപോലെ ബഹുദംഷ്ട്രാകരാളം അനവധി ദംഷ്ട്രകൾ പല്ലുകൾ തേ മഹദ് രൂപം ദൃഷ്ടുക അങ്ങയുടെ ഈ മഹത്തായ രൂപം കണ്ടിട്ട് ലോകാഹ ലോകങ്ങൾ പ്രവ്യതിതാഹ ഭയപ്പെട്ടിരിക്കണോ അങ്ങയുടെ ഈ ഉഗ്രമായ രൂപം കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കും അഹം തഥായവ ഞാനും അപ്രകാരം തന്നെ കൽക്കട്ടയിൽ ബംഗാ ബംഗാളിൽ പ്ലാഗ് വന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികൾ തൻ തൻ്റെ ഈ പ്ലാഗ് രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന ആളുകളിൽ കാണുന്നത് ഇങ്ങനെയൊരു വിശ്വരൂപത്തെയാണ് പറയുന്നുണ്ട് കാളിയുടെ നടനം ഞാൻ കണ്ടുപോകുന്ന ഉഗ്രമായ രൂപം വിവേകാനന്ദ സ്വാമികളുടെ ഒരു കവിത തന്നെയുണ്ട് ആ ഉഗ്രമായ രൂപ വന്ന സമയത്ത് ആ അമ്മയായിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ അതിനെ പറയുന്നത് അമ്മയെ വരൂ വന്നിട്ട് ഈ എന്താ എല്ലാറ്റിനെയും അടിച്ച് എന്താ പറപ്പിക്കാൻ പറയുന്നുണ്ട് കം മദർ കം എന്ന് പറഞ്ഞിട്ട് സ്വാമിജിയുടെ ഒരു കവിതയുണ്ട് അത് ഈ സമയത്താണ് സ്വാമിജി എഴുതിയിട്ടുള്ളത് ഈ പ്ലേഗിന് പ്ലയഗ് രോഗം വന്ന് കഷ്ടപ്പെടുന്ന ജനതയിൽ ആ ഉഗ്രമാർന്ന രൂപത്തെ കാണുകയാണ് എന്തുണ്ടോ ഇവിടെ ഭയരഹിത ഭയ എന്താ ഭയ നമ്മെ ഭയപ്പെടുത്താൻ പോകുന്ന വിശ്വരൂപമായി കാണാൻ ഉള്ളൊരു സംസ്കാരവും കൂടെ നമ്മളെ പഠിപ്പിക്കുക വളരെ പ്രധാനമാണത് നമുക്ക് ചിലപ്പോ കാണേണ്ടി വരും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഒരുപാട് ഈ അടുത്ത ദിവസം ഒരാളൊരു എന്താ ഒരു സംഗതി ഇങ്ങനെ കാണിച്ചു ഒരു എന്താ ഏതോ ഒരു രാജ്യത്ത് ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനെ കൊണ്ടുപോയിട്ട് ഫലമായിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് കഴുത്തറക്കുന്ന ഒരു വലിയൊരു വിവാദമായിട്ടുള്ള ഇങ്ങനെയുള്ളതൊക്കെ ചിലത് ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ പത്മനാഭസ്വാമി കുളത്തിൽ ഒരാളെ പിടിച്ച് ഇങ്ങനെ കൊല്ലുന്നത് അതിങ്ങനെ പൊക്കളങ്ങനെ ബ്ലൂ ബ്ലൂ ആവുന്നത് വരെ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച അപ്പം എന്നാ അത് കാണുക നമുക്ക് കാണേണ്ടി വരും ചിലപ്പം ഓ വല്ലാത്തൊരു കാഴ്ച കേട്ടോ എടാ ഒന്നുകൂടെ വെക്കുക അത് ഉണ്ടോ നോക്കട്ടെ വല്ലാതെ കണ്ടുകൂടാതെ ഇല്ലേ സിനിമയിലും അതും ഇതുമൊക്കെ ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു കണ്ണും മുഖവും ഒക്കെ ചുളിയും എന്നാലും നമ്മളത് കാണും നമുക്കൊന്നുകൂടെ റീവെയിൻ്റ് ചെയ്ത് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ലോകത്തിൽ പല ഭയം നടക്കുന്ന കാഴ്ചകളും എല്ലാം ഞാൻ കാണുന്നു ഭയം ഭയപ്പെട്ടുകൊണ്ട് ലോകം ഇളകുന്നു അങ്ങയെ കാണുന്ന സമയത്ത് അത് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ വിശ്വത്തെ പൂർണ്ണമായി കാണണം വിശ്വത്തെ പൂർണ്ണമായി കാണുന്ന സമയത്ത് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ വിശ്വരൂപ ദർശനത്തിന്റെ മഹത്വം വിശ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു രൂപമാണ് വളരെ ആനന്ദം തരുന്ന ഒരു രൂപം അല്ല ഇതും അതിൻ്റെ കൂട്ടത്തിലുള്ളതാ ഇതതിൻ്റെ കൂട്ടത്തിലുള്ളതാ ചിലപ്പോ ചില ആക്സിഡൻറ്റുകൾ കാണാൻ നിങ്ങൾ എന്താ സംഭവിച്ചേക്കാം ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്ന സമയമായിരിക്കാം വേറൊരു ബസ്സുമായിട്ടുള്ള ഇട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ കാണേണ്ടി വരും എന്നറിയോ ർത്തുവ വിശ്വരൂപം ഓർത്തുകൊള്ളി ഇനി അതിനെക്കുറിച്ച് പറയാൻ പോവാ ഓരോന്നിങ്ങനെ ആ പല്ലിന്റെ ചക്രത്തിന്റെ ഇടയിൽപ്പെട്ട് പൊട്ടുന്നതൊക്കെ പറയുന്നുണ്ട് നോക്കാം വിശാലം വിഷ്ണോ നഭസ്പൃശം ദീപ്തം അനേകവർണം വ്യാത്താനം ദീപ്തം വിശാല നേത്രം ദൃഷ്ടി ത്വാം പ്രവ്യതിദാന്തരാത്മാൃതിം നാമി ശമം ചേ വിഷ്ണോ ഹേ വിഷ്ണോ അല്ലയോ വിശ്വവ്യാപിൻ വിഷ്ണോ എന്ന് വിളിക്കുമ്പോൾ ദേവേഷ്ടി വ്യാപ്നോതി വിഷ്ണു വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനേ ഹി എന്തുകൊണ്ടെന്നാൽ നഭസ്പൃശം ആകാശത്തെ സ്പൃശം തൊടുന്നവനായി സ്പർശിക്കുന്നവനായി ദീപ്തം അതുപോലെ തന്നെ ജ്വലിക്കുന്നവനായി അനേക വർണ്ണം പല വർണ്ണങ്ങളോടുകൂടിയിട്ടുള്ള വ്യാത്താനനം വ്യാത്താനനം എന്ന് പറഞ്ഞാൽ തുറന്ന വായയോടുകൂടിയിട്ടുള്ള ദീപ്ത വിശാല പ്രകാശിക്കുന്ന വലിയ കണ്ണുകളോടുകൂടിയിട്ടുള്ള ത്വാം ദൃഷ്ട അങ്ങയെ കണ്ടിട്ട് പ്രവ്യതിതാത്മാ ഭയ ഇളകിയ ഭയ ഭയവും ഒപ്പം മനസ്സിൻ്റെ ഒരു ഇളക്കവും ധൃതിയും ധൈര്യത്തെയും ശമംച്ച സമാധാനത്തെയും ന വിന്താമി കിട്ടുന്നില്ല എനിക്ക് എന്ന് പറയാം എൻ്റെ ധൈര്യവും എൻ്റെ സമാധാനവും ഒക്കെ ഇതാ ഭഗവാനെ അതിനൊക്കെ കോട്ടം വന്നു തുടങ്ങി എന്ന് പറയാം നിങ്ങൾക്കിങ്ങനെയുള്ള കാഴ്ചകൾ സംഭവിക്കുമ്പോൾ ഒന്ന് ഒന്ന് നമ്മളെ ഇളകിപ്പോകുമെന്ന് പറയാം ആകെ ഒന്ന് ഒലഞ്ഞു പോവും ഒലച്ചു ഇളയും നമ്മളെ ഇതാ അടുത്ത ഗംഭീരമായിട്ടുള്ള കാഴ്ച ഇവിടെയൊക്കെ അർജുനന്റെ ആ കവിഭാവന വിഷരൂപത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അർജുനന്റെ കവിഭാവന അങ്ങോട്ട് ഉണരുകയാണ് അതിന് എത്രത്തോളം ഉന്നതിയെ പ്രാപിക്കാമോ അത്രയും ഔന്നിത്യമാർന്ന ഭാവത്തെ പ്രാപിച്ചുകൊണ്ട് വലിയൊരു കവിയെ പോലെയാണ് അർജുനൻ എന്താ പറയുക ഭഗവാനെ വർണ്ണിക്കുന്നത് പറയണു ദംഷ്ട്രാ കരാളാനി ചേ മുഖാനി ദൃഷ്ടവ കാലാനല സന്നിധാനി ദിശ ന ജാനേ ന ലഭേ ച ശർമ്മ ഹേ ഹേ ഹേ ജഗന്നിവാസ തേ കാലാനേ കാലാനല സന്നിഭാനി അങ്ങയുടെ പ്രളയാഗ്നി സമാനങ്ങളും പ്രളയാഗ്നി സമാനങ്ങളായിട്ടുള്ള ദംഷ്ട്രാകരാളാനിച്ച് ധംഷ്ട്രകൾ കൊണ്ട് ഭയങ്കരങ്ങളായിട്ടുള്ള അതായത് ഭഗവാന്റെ ധംഷ്ട്രകൾ എന്ന് പറയുമ്പം പ്രളയവും കാലവും പ്രളയവും അഗ്നി സമാനമായിട്ടുള്ള ആ ധംഷ്ട്രകളെ കൊണ്ട് അങ്ങയുടെ മുഖാനി മുഖങ്ങളെ ദൃഷ്ടേവ കണ്ടിട്ട് തന്നെ ദിശ ന ജാനെ എനിക്ക് ദിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാം ദിക്കു മനസ്സിലാവുന്നില്ല ചില സമയത്ത് നമുക്ക് ചില കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ന ജാനേ ശർമ്മ നല്ല ന ലഭേച്ച ശർമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ശർമ്മയല്ല ശർമ്മ സുഖം ശർമ്മ സുഖം അപ്പൊ ശർമ്മ ന ലഭേച എനിക്ക് സുഖത്തെ പ്രാപിക്കുന്നില്ല ഞാൻ ഹേ ദേവേഷ അല്ലയോ ദേവാദിദേവ ഹേ ജഗന്നിവാസ ജഗത്തിൻ്റെ പരമമായ ആശ്രയമായ ഭഗവാനെ പ്രസീത എന്നെ ഒന്ന് പ്രസാദിച്ചാലും എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റിയാലും അടുത്ത് അർജുനൻ ഈ എന്താണ് താൻ കണ്ട് ഭയചിതനായത് ഏത് തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അത് രണ്ട് ശ്ലോകങ്ങളെക്കൊണ്ട് അർജുനൻ പറയുന്നു धृतराष्ट्र पुत्रे सहैन पालस भीष्म्रोण सूतपुत्रस्तौ सहस्मदीयरपोध मुख्य त्वरमाना विशंती യാനകുന സന്ദൃശ്യത്തെ ചൂർണൈരുത്തമാ അമീ ചം ധൃതരാഷ്ട്ര പുത്രേ സഹ സഹ അവനി ഭീഷ ദ്രോണ സൂതപുത്ര അസൗ സഹ അസ്മദീയ അപ്പൊ യോദ്ധമുഖ്യൈ വക്േ ത്വരമാണ വിശന്തി ദംഷ്ട്രാളാണെങ്കിൽ ഭയ ഭയാണ കെചിത് വിലഗ്ന ദശനന്തര സംദൃശ്യത്തെ ചൂർണിതൈ ഉത്തമാങ്ക അവനിളസ അവനിയേ പരിപാലിക്കുന്ന ഭൂമിയെ പരിപാലിക്കുന്ന രാജസമൂഹങ്ങളോട് സഹേവ കൂടി തന്നെ അമീ ധൃതരാഷ്ട്ര ഈ ധ്രതരാഷ്ട്രൻ്റെ പുത്രാഹ പുത്രന്മാരും ഭീഷ അതിൽ ഭീഷ്മരും ദ്രോണ ദ്രോണരും അസൗ സൂതപുത്ര ഈ കർണനും അവിടെ സൂതപുത്രനും ഈ കർണനും തഥാ അപ്രകാരം അസ്മദീയ അസ്മാദികൾ നമ്മളും ഞാനും നമ്മുടെ കൂട്ടുകാരും അസ്മാദികളിൽ നിന്ന് ഒരു പ്രയോഗമുണ്ടല്ലോ ആരായി ഇതൊക്കെ ഒക്കെ നമ്മുടെ അസ്മാദികൾ തന്നെ അല്ലാതെ പിന്നാര പലർക്കും അറിയില്ല ഈ അസ്മാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അസ്മാദികൾ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ തന്നെ അസ്മാതികൾ നല്ല പ്രയോഗമാണ് അസ്മാദികൾ എന്നുള്ളത് അപ്പം അസ്മദീയേ നമ്മുടേതായ യോധമുഖ്യേ യോദ്ധമുഖ്യേഹി സഹ യോ എന്താ യുദ്ധം ചെയ്യാൻ താല്പര്യരായിട്ട് എത്തിയിട്ടുള്ള ആ യോദ്ധാക്കളും എല്ലാവരും തന്നെ പറയുന്നു സർവയെ അഭി എല്ലാവരും തേ അങ്ങയുടെ ദംഷ്ട്രാ കരാളാനി ദംഷ്ട്രകൾ കൊണ്ട് ഭയങ്കരങ്ങളായി ഭയാനകാനി ഭീഷണങ്ങളായിട്ടുള്ള വക്താണി അങ്ങയുടെ വായിക്കകത്തേക്ക് സ്വരമാണാഹ വിശന്തി വെമ്പലോടുകൂടി ഞാൻ മുൻപില് ഞാൻ മുൻപില് എന്ന് പറഞ്ഞുകൊണ്ടിതാ പോയിക്കൊണ്ടിരിക്കുന്നു അർജുനൻ കാണുന്നത് വലിയൊരു ക്യൂ ആണ് എവിടേക്കാണ് ഈ ക്യൂ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വായിക്കകത്തേക്ക് നല്ലൊരു കാഴ്ചയാണ് ഈ വിശ്വം മുഴുവൻ ആ മരണമാകുന്ന വക്രത്തിനകത്തേക്ക് പോകുന്നത് വലിയ ക്യൂ ആണോ ആ ക്യൂവിൽ കേട്ടിട്ടുണ്ടോ ഒരിക്കൽ എന്തോ സുനാമി വന്ന സമയത്ത് ഗവൺമെൻറ്റ് പറഞ്ഞു സൗജന്യ റേഷൻ റേഷൻ കടയിൽ റേഷനും അഞ്ച് പത്ത് കിലോ അരി അഞ്ച് കിലോ പഞ്ചസാര പിന്നെ എന്തോ മണ്ണെണ്ണ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കാന്ന് പറഞ്ഞു ആ രാവിലെ നോക്കുമ്പോൾ വൻ ക്യൂ അപ്പോൾ ആ ക്യൂ തെറ്റിച്ചുകൊണ്ട് ഒരാൾ മുൻപിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അയാളെ പിടിച്ചിട്ട് ഇടിക്കുന്നു വിടുന്നില്ല എന്ന് പറയും അയാളേറിയ ശ്രമം നടത്തുന്നു പക്ഷേ പരാജയപ്പെടുന്നു അവസാനം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ കട തുറക്കില്ല എന്ന് പറയാം കാരണം കഴ തുറക്കേണ്ട ആളാണ് മുൻപിലേക്ക് പോകുന്നു ഇപ്പൊ വലിയ ക്യൂ ആണ് സൗജന്യ റേഷം കൊടുക്കുമ്പോ എങ്ങനെയാണോ ക്യൂ ഉണ്ടാകുന്നത് അതുപോലെ ഞാൻ കാണുന്നു ആരൊക്കെയാണ് ധൃതരാഷ്ട്രരുണ്ട് ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് കർണനുണ്ട് ഞങ്ങളും ഉണ്ട് ഭഗവാനെ ആ ക്യൂല് ആ കാലമാകുന്ന മുഖത്തില് അവിടേക്ക് ഇവരെല്ലാം അങ്ങയുടെ വായയിലേക്ക് ത്വരമാണാഹ വെമ്പലോട് കൂടിയിട്ട് വിശന്തി കടക്കുന്നു ഇതിൽ കേജിത് ചിലർ ചൂർണിതേഹി ഉത്തമാങ്കേഹി ചൂർണിതേഹി ചൂർണെന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് പൊടിഞ്ഞ ഉത്തമമായിട്ടുള്ള അംഗ ഉത്തമാങ്കം എന്ന് പറഞ്ഞാൽ തല പൊടിഞ്ഞ തലയോടുകൂടിയിട്ട് ദശനാന്തരേഷു അങ്ങയുടെ പല്ലിൻ്റെ ഇടയിൽ വല്ലാത്തൊരു കാഴ്ച അതിനൊക്കെ എങ്ങനെയാണെങ്കിൽ വ്യാഖ്യാനിക്കാം ചിലരൊക്കെ ഭഗവാൻ്റെ അതിൽ പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം റെയിൽവേ ട്രാക്കിലൊക്കെ പെടുന്നില്ലേ ചില ബസ്സിൻ്റെ അടിയിലൊക്കെ പെട്ട തല പൊട്ടിത്തെറിക്കാറില്ലേ വല്ലാത്തൊരു ഇതാണ് തല ടയറിൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു അമിട്ട് പോലെ പൊട്ടുവതാണ് ആ തലച്ചോറ് പൊട്ടുന്നത് അതൊക്കെ വല്ലാത്തൊരു ഇതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇവിടെ പറയുന്നു ചിലർ കേജിത് എന്ന് തന്നെയാണ് കേജിത് ചൂർണിദേഹി ഉത്തമാങ്കേഹി പൊടിഞ്ഞ തലകളോടെ ദശനാന്തരേഷു അങ്ങയുടെ പല്ലിൻ്റെ ഇടയിൽ ഏർ മാംസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇടയിൽ പെടുമല്ലോ അതുപോലെ വിലഗ്നാഹ പറ്റിയവരായി കുടുങ്ങിയവരായിട്ട് സന്ദർശ്യ എന്തേ ഞാൻ കാണുന്നു ഏത് കാഴ്ചയും നിങ്ങൾക്ക് വിശ്വരൂപമായിട്ട് ഇത് അതരുന്നു മുൻപില് ആ ആലോചിച്ചോളുക ഇതൊക്കെ കണ്ടിട്ടല്ലടോ ഭഗവാൻ ഇല്ല എന്ന് പറയുന്നത് അവളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ നടക്കുമ്പോൾ എന്ത് ഈശ്വരൻ ഏത് ഈശ്വരൻ എന്ന് ചോദിച്ചിരുന്നു ഇതാ വിശ്വരൂപം പഠിപ്പിച്ചു കൊടുക്കുക മോനെ ഇത് കാണലാണ് ഈശ്വരനെ കാണലെന്ന് പറയാം എന്ന് പറഞ്ഞാൽ റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന ഒരു തല പൊട്ടുന്നത് എന്നാ ഒരു തല പൊട്ടുന്നത് കാണാൻ ഉള്ള കൗതുകത്തോടുകൂടി കാണേണ്ടി വരും പല കാഴ്ചകളും കാണേണ്ടി വരും ആ കാണുന്ന സമയത്ത് കാഴ്ചകളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രകാരത്തിലുള്ള പോറലുകളും ഏൽപ്പിക്കാതിരിക്കാൻ ഈ വിഷ്വരൂപം നമ്മെ ഏറ്റവും കരുത്തുറ്റതാക്കി തീർക്കും ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാമോ അതിലേറ്റവും കാഴ്ചയിൽ അതിദാരുണമായ കാഴ്ചയാണ് ഒരുവൻ്റെ തല ഉത്തമമായ അംഗം എന്തിൻ്റെയെങ്കിലും ഇടയിൽ പോയിപ്പെട്ട് പൊട്ടിച്ചാമ്പലാകുന്നത് അത് കാണേണ്ടി വരുന്നു എൻ്റെ നേത്രങ്ങളെങ്കിൽ ഈ എന്താ പറയുക വിശ്വരൂപം ഓർത്തു കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ഒരൽപ്പം പോലും നമ്മിലത് പോർലേൽപ്പിക്കില്ല കാരണം അങ്ങയുടെ ആ ഈ പ്രപഞ്ചത്തിൽ അങ്ങാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അവിടെ നമ്മൾ വെറുതെ ഓഹോ എന്നൊന്നും പറഞ്ഞിട്ട് അതേ സമയത്ത് ആരെങ്കിലും തൂങ്ങി മരിച്ചത് പോയി കാണാൻ പോകണമെന്നല്ല അങ്ങനെ ചിലർ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെയായിട്ട് പോകും കാണാൻ അതെ കുട്ടികളേക്ക് എടുത്തുകൊണ്ടാണ് കൂടുക അയ്യോ ഒന്ന് പോയി ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാഴ്ചയൊന്നും കാണാൻ പോകണ്ട വെറുതെ അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് ഇനി എന്തൊക്കെയാ കാണേണ്ടി വരിക എന്നറിയില്ലല്ലോ അപ്പോഴും ഓർത്തുകൊള്ളുക ചില പല ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്തൊക്കെ നമുക്ക് ടി നിന്നും മറ്റും ഇങ്ങനെയുള്ള അല്ലേ ഡബ്ല്യു ടി സി തകരുന്ന സമയത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകരുന്ന സമയത്ത് ആ ഈ എന്താ പതിനൊന്നാം അധ്യായം വിശ്വരൂപം നല്ലതാണ് ഈ ഒരു കാഴ്ച പലതും സംഭവിക്കുന്നുണ്ട് ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം തന്നെ അതിനെ ന്യായീകരിക്കലല്ല നിങ്ങൾ അതിൻ്റെ സംഭവത്തിന്റെ കാരണത്തെ അന്വേഷിക്കലൊന്നുമല്ല ആ കാഴ്ച അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സാക്ഷ്യത്തിന് നിദാനമായിട്ട് നാം ആശ്രയിക്കേണ്ടുന്നത് എന്തിനെയാണോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് നമ്മളത് നോക്കിക്കാണേണ്ടത് ഇതാ അവിടെ പറയുന്നു വിശ്വരൂപം തുടർന്നു ീരാ വിശന്തി വക്ാണ്യത് പ്രകാരത്തിലാണോ ഭഗവൻ സമുദ്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിവേഗത്തോടുകൂടിയിട്ട് അത് ദ്രവന്തി പായുന്നത് ഓടുന്നത് തഥാ അത് പ്രകാരം അമീ നരലോകവീരാ ഈ നരലോകവീരന്മാർ അഭിവിജ്വലന്തി ഏറ്റവും ജ്വലിക്കുന്ന തവപത്രാണി അങ്ങയുടെ വായക്കകത്തേക്ക് വിശന്തി പ്രവേശിക്കുന്നു കത്തിച്ചു വെച്ച വിളക്ക് പോലെ എപ്രകാരമാണോ ആ വിളക്കിലേക്ക് ഈയാം പാറ്റകൾ വന്ന് വിഴുന്നത് അതുപോലെ നരവീരന്മാർ എന്ന് പറയുമ്പം ഈ നാടിനെ ഭരിച്ച മുഖ്യന്മാർ എല്ലാവരും തന്നെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എപ്രകാരം നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അതുപോലെ നിങ്ങൾ വിചാരിച്ചു വയ്ക്കരുത് വിശ്വരൂപം ദർശനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സന്തോഷപ്രദമായിട്ടുള്ള ദർശനമെന്ന് എല്ലാറ്റിനെയും സ്വീകരിക്കില്ല ഒന്നൊഴിയാതെ ഒന്നും ഓരോന്ന് വരുന്ന സമയത്തും പൂവിരിയുന്ന സന്തോഷത്തോടുകൂടി അതിദാരുണമായ സംഭവങ്ങളെയും കൂടെ അതുകൊണ്ടാണ് പത്മപത്രം എന്താ കമലാക്ഷനായിരിക്കണം അതിന് അങ്ങനെ വേണം തുടർന്നു യഥാ പ്രദീപ്തം ജ്വലം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗായ സമൃദ്ധവേഗ അർജുനൻ ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നു ഇതുപോലെ ഈ അമ്പാറ്റകൾ വന്ന് എങ്ങനെയാണോ അഗ്നിയിലേക്ക് വീഴുന്നത് അതുപോലെ ഈ ലോകം അങ്ങയുടെ അഗ്നിയിൽ വന്ന് വീണുകൊണ്ടിരിക്കണു പറയാം ഈ വിശ്വരൂപ ദർശനം ഇതിനുള്ള കരുത്ത് നമുക്ക് തരണം ഏത് കാഴ്ചയും ഏത് കാഴ്ചയും നമുക്ക് പല ദാരുണമായിട്ടുള്ള സംഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവരുടെ വേർപാടോ ചിലപ്പോൾ നേരിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആക്സിഡൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഹൈവേയിലായിരിക്കാം വേറെ വല്ല വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നതായിരിക്കാം അങ്ങനെ പലതുമായിരിക്കാം ഇനി കണ്ടത് നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടത് മറ്റുള്ള എന്താ നിങ്ങളുടെ സ്വന്തക്കാരുടേത് കേട്ടത് എല്ലാം ഈ ഒരു മുഴുവൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കർമ്മചലനങ്ങൾ മുഴുവൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കണം അതിനുള്ള കരുത്താണ് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിലൂടെ തരുന്നത് എന്ന് പറയാം ഈ ഒരു ഭാവത്തോടുകൂടി അതിനെ സ്വീകരിക്കുക വരുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയങ്ങളായിട്ടുള്ള അർജുനൻ്റെ എന്താ പറയുക കാഴ്ചപ്പാടിന് ഭഗവാൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് വരും ദിവസത്തിൽ നമുക്കതിനെ കാണാം വിശ്വരൂപ ദർശന യോഗത്തിൽ ഭഗവാൻ തൻ്റെ സത്തയെ പൂർണ്ണമായി അർജുനന്റെ മുൻപില് അവതരിപ്പിക്കുന്നു എന്ന് പറയാ ഒന്നൊഴിയാതെ അർജുനൻ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അതിനെ കാണുകയും ചെയ്യുന്നു എന്ന് പറയാം താൻ എന്താണോ കണ്ടത് അത് ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഒരു വലിയൊരു കാഴ്ചയാണ് എന്ന് പറയാം ഭഗവാൻ ഇവിടെ ചെയ്തത് ഒരു ശരിയായ ഗുരുവിൻ്റെ പൂർണ്ണമായ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനാലയ്ക്കകത്തുകൂടെ ആകാശത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ കൃഷ്ണൻ ചെയ്തത് നേരെ കൊണ്ടുവന്നിട്ട് മാനത്തേക്ക് നോക്കിക്കോളാനാണ് പറഞ്ഞത് ഒരൽപ്പം പോലും ഒരു അഴീട പോലും എന്താ പറയാ തടസ്സമില്ലാതെ നേരിട്ടുള്ളൊരു എന്താ പറയാ തുറന്ന കാഴ്ച ഈ കാഴ്ചയാണ് അർജുനന് എന്താ അത്ഭുതം ഭയവും ഉണ്ടാക്കിയത് ഈ കാഴ്ചയില് എല്ലാ വൈരുദ്ധ്യങ്ങളും അർജുനൻ കാണുന്നു എല്ലാ വൈരുദ്ധ്യങ്ങളെയും കോർത്തിണക്കുകയാണ് ഇവിടെ എന്ന് പറയുക കാരണം എന്തൊക്കെയാ കാണുന്നത് പറയണു ഉത്തമമായിട്ടുള്ള അംഗം അതായത് ശിരസ് അങ്ങയുടെ വായൽപ്പെട്ട് എന്താ പറയുക പൊടിഞ്ഞു പോകുന്നു എന്ന് പറയും എന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചു കിടക്കുന്നതൊക്കെ അർജുനൻ കാണുന്ന സമയത്ത് ഈ വിശ്വരൂപ ദർശനം നമ്മളെങ്ങനെ വേണം ഉൾക്കൊള്ളാൻ ഈ വിശ്വരൂപ ദർശനം ഏതൊരു കരു ഏത് പ്രകാരത്തിലുള്ള കരുത്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മളും ഇങ്ങനെ പല കാഴ്ചകളും കാണുന്നില്ല എന്ന അല്ലേ നേരിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങളൊന്ന് കാഷ്വാലിറ്റി പോയി നോക്കും കാണാം കൈ ഒടിഞ്ഞതും കാല് പോയതും തല പോയതും എല്ലാ കേസും ഈ ഒരു അതുകൊണ്ട് ഭഗവത്ഗീത സമ്പൂർണ്ണ മനഃശാസ്ത്രമാണ് അതായത് മനസ്സിനെ ഇത്രയും നമുക്ക് തോന്നുന്നത് ഈ വിശ്വരൂപം എം ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഈ അടുത്ത ദിവസം ഒരാൾ ഇവിടുന്ന് യജ്ഞം കേട്ട ഒരാൾ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഏതായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയോ എന്നറിയില്ല ഇപ്പം എം പഠിക്കുന്ന കുട്ടികൾ പുറത്തു വരുന്ന സമയത്ത് അവർക്ക് ഏതൊരാൾക്കും ഒരു പത്ത് മിനിമം പത്ത് ഡെലിവറി കേസെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുണ്ട് അത് അറിയുന്നവരുണ്ടാവുമല്ലോ ഇവിടെ പക്ഷേ എന്തുകൊണ്ടോ അതിൽ ഭൂരിഭാഗം ആളുകളും അത് എന്താ പറയുക മെല്ലെ അതിൽ നിന്ന് അത് സ്കിപ്പ് ചെയ്യാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിർബന്ധിതരാകുന്നു അവർക്ക് അത് അത് കാണാനുള്ളൊരു കരുത്തില്ലായിരുന്നയോ എന്തോ ആയിട്ട് പറയും ഇവിടെ സ്വാമിയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അവർ തന്നെയാണ് ഈ കാര്യത്തെ നമ്മുടെ മുൻപിൽ വെച്ചത് ഇതാവശ്യമാണ് എന്ന് ആദ്യമായിട്ട് തിയേറ്ററിൽ കയറി ബ്ലഡ് കാണുമ്പം തലകറങ്ങി വീഴുന്നവരുണ്ട് അപ്പൊ ഈ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ആഴങ്ങളിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് ഈ മുറിവുകൾ നമ്മുടെ കർമ്മപഥത്തിൽ നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർമ്മഭൂമികയിൽ കർമ്മത്തിൻ്റെ പൂർണ്ണതയില്ലാതെ പോകുന്നുണ്ട് അപ്പൊ ഇത്രയും കരുത്ത് തരുന്ന ഒരധ്യായം വിശ്വരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരുത്താണിവിടെ പെരുമൺ ദുരന്തം ടി വിയിൽ കാണുന്ന സമയത്തും അതുപോലെ കലാപങ്ങൾ നടക്കുന്ന സമയത്തും ഇവിടെ ഇന്നലെ ഒരാൾ ഷെയർ ചെയ്യുമായിരുന്നു എന്താണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയത്ത് അവിടെ നിങ്ങളേക്ക് വര വരേണ്ടി വന്ന സമയത്ത് നമുക്കറിയാം കോഴിക്കോട് ഒരു സർദാർജിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് മുഴുവൻ സംരക്ഷണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് കാരണം സർദാർ സിഖ് ജനത അനുഭവിച്ച അവർക്ക് നേരെ നേരെ ഡൽഹിയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും അവരെ കശാപ്പ് ചെയ്തത് ഇത് കാണേണ്ടി വന്ന സമയത്ത് ഒരു ക്ലാസ് റൂമിലിട്ട് അധ്യാപകൻ്റെ കഴുത്ത് വെട്ടിയ സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും മുറിവുണ്ടല്ലോ അതിൻ്റെ കൗൺസിലിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അപ്പം എപ്പോഴാണ് നമുക്ക് ഇതൊക്കെ കാണേണ്ടി വരിക എന്നറിയില്ല അപ്പൊ വിശ്വരൂപം എന്ന് പറയുമ്പം എല്ലാ വൈരുദ്ധ്യങ്ങളും അതിൽ നിറയുന്നു ഈ വിശ്വത്തിൽ എന്തൊക്കെ കാണാൻ സാധ്യ എന്തൊക്കെ സാധ്യതയുണ്ടോ അതിനെ മുഴുവൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എല്ലാം ഭഗവാന്റെ ആ വായയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിമനോഹരമായിട്ട് അതിവേഗത്തിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണേണ്ടി വരുമല്ലോ അല്ലേ നോക്കൂ സാമ്പാറിൻ്റെ ചെമ്പിൽ വീണ് പിഞ്ചുകുട്ടികൾ അല്ലെങ്കിൽ വെള്ളം എന്താ കുളിക്കാനുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ വസ്ത്രം കഴുകാനുള്ള വെള്ളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വായിച്ചുവല്ലോ ഇതൊക്കെ മൃത്യുവിൻ്റെ മുഖത്തേക്ക് ഭഗവാന്റെ മരണമാകുന്ന വായയ്ക്കകത്തേക്ക് പോകുന്ന ഓരോരോ രീതികളാണ് ഈ രീതികളൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് സ്വ എന്താ സ്വന്തക്കാരുടെ ആണെങ്കിൽ നമുക്ക് കൂടുതലായി അല്ലെങ്കിലും നമുക്ക് ഇത് എന്തുണ്ടാവുന്നു ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് അന്നത്തെ ദിവസം തന്നെ നമ്മളെ നമ്മളറിയാതെ നമ്മുടെ പ്രവൃത്തിയൊക്കെ എന്താ പറയാ വേണ്ടത്ര ആ ഒരു പൂർണ്ണതയില്ലാതെ പോകുന്നു എന്ന് പറയാം ഇതൊരു ഏറ്റവും കരുത്താറുന്ന ഒരു അധ്യായമാണ് ഈ വിശ്വരൂപ ദർശനം നിങ്ങൾ ശ്രദ്ധിക്കുക മാനത്ത് കണ്ട ഏതോ ഒരു രൂപമല്ല ഈ വിശ്വത്തെ അതിന്റെ പൂർണ്ണമായ ഭാവത്തോടുകൂടി സർവവൈരുദ്ധ്യങ്ങളോടും കൂടിയിട്ട് ആ ഭഗവാനെ ഇതിൽ അങ്ങോട്ട് ദർശിക്കുക കൃഷ്ണൻ തന്റെ ബ്രഹ്മാണ്ട സത്തയെ ഭഗവാ മുൻപിൽ അവതരിപ്പിക്കുക അത് അത് ഉൾക്കൊണ്ട സമയത്ത് അത് കണ്ട സമയത്ത് ഭയം മാത്രമാണ് നമുക്കും ഉണ്ടാവുമല്ലോ ഈ ഭയത്തെക്കുറിച്ച് ഇന്നലെ സ്വാമി വിസ്തരി എന്താ പറയാ വിസ്തരിച്ചുവല്ലോ ആ ഒരു ഭയമാണ് അർജുനൻ ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നത് ഇതിനെ ഒരുമിച്ച് സ്വീകരിക്കാൻ എനിക്ക് വയ്യ ഭഗവാനെ എന്ന് പറയാം അത് എന്ത് വലിയൊരു കവി മനസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അർജുനൻ അതിനെ വളരെ ആലങ്കാരികമായിട്ടാ പറയുന്നത് എങ്ങനെയാണോ നദികള് അനേക ജലപ്രവാഹങ്ങള് സമുദ്രത്തിലേക്ക് പോകുന്നത് ആരൊക്കെ നരലോക വീരാഹ വീരന്മാർ ഈ ഭൂ ഈ ഈ രാജ്യത്തെ മുഴുവൻ ഭൂമിയെയും കിടിലം കൊള്ളിച്ച വലിയ വലിയ രാജാക്കന്മാര് വീരാഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഹിറ്റ്ലറും മുസോളനിയും ഗിൽബസും എന്ന് വേണ്ട ഏത് അതിഗായകന്മാരൊക്കെ തന്നെ അങ്ങയുടെ വായിക്കകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വലിയൊരു കാഴ്ചയാണ് ഇതൊക്കെ നേരത്തെ കാലത്തെ കാണുക എന്നാലോ നമ്മുടെ ആ അഹങ്കാരമുണ്ടല്ലോ അതങ്ങോട്ട് വളരെ അങ്ങോട്ട് കുറയുന്നു തവവക്രാണി വിശന്തി അങ്ങയുടെ വായയിലേക്ക് ഇതാ അവരൊക്കെ ഇങ്ങനെ കടക്കുന്നു ഏതുപോലെ പതങ്കാഹ നാശായ സമൃദ്ധ വേഗാഹ പ്രദീപ്തം ജ്വലനം യഥാ വിശന്തി ഈയാമ്പാറ്റകള് അതിന്റെ നാശത്തിനായിക്കൊണ്ട് എങ്ങനെ അതിന്റെ അഗ്നിയെ കണ്ട് ഇതാ അത് കഴിക്കാനുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ത് എന്ത് എന്ത് ആഗ്രഹത്തോട് കൂടിയിട്ടാ ഈയാമ്പാറ്റകൾ വന്ന് വീഴണതെന്ന് അറിയില്ല നമ്മൾ പറയുന്നു അത് കഴിക്കാനുള്ളതാണെന്ന് തോന്നിയിട്ട് അത് വന്ന് വീഴണു എന്തായാലും അത് വന്ന് വിഴുന്നത് പോലെയാണ് ആളുകൾ ഇതിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് തഥാ ഏവ ലോകാഹ അഭിനാശായ സമൃദ്ധവേഗാഹ തവ വക്താണി വിശന്തി അങ്ങയുടെ വായിക്കകത്തേക്ക് ഇതാ പ്രവേശിക്കുന്നു അർജുനൻ തുടരുന്നു ഈ കാഴ്ചയെ വളരെ വിസ്തരിച്ച് താൻ കണ്ടതിനെ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയാം നോക്കാം സമാന േലിഹ്യസേ ഗ്രസമാനോകാൻ സമഗ്രാൻ വദനൈ ജ്വലത്േജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസ ഭാസ തവ ഉഗ്രതപി ഹേ വിഷോണു ം സമഗ്രാൻ അങ്ങയുടെ സമഗ്രാൻ ലോകാൻ സമ്പൂർണമായിട്ടുള്ള ലോകങ്ങളെയും ജ്വലദ്ഹി വതനൈഹി ജ്വലിക്കുന്ന അങ്ങയുടെ വായ കൊണ്ടും സമന്താദ് സമന്താത് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഇതിന് മുൻപ് വന്നിട്ടുള്ള ശബ്ദമാണ് സമന്താദ് നാലുപാടും ഗ്രസമാന വിഴുങ്ങിക്കൊണ്ട് പറയുന്നു ലേലിഹ്യസേ അതിനെ ലേലിഹ്യസ എന്ന് പറഞ്ഞാൽ രുചിച്ചു നോക്കുന്നു എന്ന് അപ്പം ഈ ഭഗവാന്റെ നാവ് ഈ എന്താ നാലു പാടും ഇതിനെങ്ങനെ രുചിച്ചു നോക്കിക്കൊണ്ടിരിക്കുക അതായത് മൃത്യു അതായത് മാറ്റങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രുചിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക അപ്പൊ ലോകം മുഴുവൻ ഹേ വിഷ്ണു അല്ലയോ ഭഗവാനെ തവ ഉഗ്രഹ ഭാസഹ അങ്ങയുടെ ഉഗ്രങ്ങളായ ഭയങ്കരങ്ങളായ ഭയം ജനിപ്പിക്കുന്ന ഭയം ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടിച്ചാത്തനെ കണ്ടുപേടിയാവുന്ന ആ ഒരു ഭയമല്ല ഇതൊരു വേറെ തന്നെ ഒരു ഭയം ഈ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു അനുഭവ വേറൊരു അനുഭവമാണത് എന്ന് പറയാം ഭയമെന്നുള്ള വാക്ക് നമ്മൾ രാത്രി നമുക്ക് പുറ പുറത്തിറങ്ങാനുള്ള ഭയമല്ല അങ്ങയുടെ ആ ഉഗ്രമായിട്ടുള്ള ഭാവത്തെ ജഗത് സമഗ്രം തേജോബിഹി ആപൂര്യ പ്രതപന്തി ജഗത് സമഗ്രം ലോകത്തെ സമ്പൂർണ്ണമായി പൂർണ്ണമായി തേജോഭിഹി തേജസ്സുകൾ കൊണ്ട് ആ പൂര്യ നിറച്ചിട്ട് പ്രതപന്തി ചൂട് പിടിപ്പിക്കുന്നു അങ്ങനെ ഈ വിഷയത്തെ മുഴുവൻ ചൂടുപിടിപ്പിക്കുന്നു എന്ന് പറയും ഈ ചൂട് തപിപ്പിക്കുന്നു അങ്ങയുടെ തപം ഞാൻ ഈ വിഷയം മുഴുവൻ നാല് ഭാഗവും കാണുന്നു എന്ന് പറയാം അപ്പം ഇവിടെ ഈ കാണുന്ന വൈരുദ്ധ്യങ്ങളിലൊക്കെ അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം തന്നെ ഇവിടെ ഈ വിശ്വരൂപത്തിൽ നമുക്ക് നമ്മൾ കാണുന്ന ഒരു വേറിട്ടൊരു കാഴ്ച സൗന്ദര്യത്തെ സൗന്ദര്യം എന്നുള്ള നിലയിൽ തന്നെ അതുപോലെ വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കി മാറ്റാം അതാണ് ഇതിൻ്റെ ഒരു വലിയ കുട്ടൻസ് നമുക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല എന്ന് പറയാം ഒരു വൈരൂപ്യം അതുകൊണ്ടാണല്ലോ ഭഗവാൻ ചൂത് എന്താ ചതിയന്മാരുടെ ചൂത് ഞാനാണെന്ന് പറഞ്ഞത് അപ്പൊ വൈരൂപ്യവും സൗന്ദര്യമാക്കപ്പെടുന്നു ഇവിടെ വിശ്വരൂപ ദർശനത്തിൽ അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളിലും ഈ ഒരു അർജുനൻ കണ്ട വിശ്വരൂപം കണ്ടേക്കണം ഓർത്തുവെച്ചേക്കണം പത്രങ്ങളൊക്കെ എടുക്കുമ്പം ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യം ഇതാണ് രാവിലെ പത്രം തുറക്കാൻ വയ്യാന്ന് എന്താ തുറന്നാൽ കാണുക എന്നറിയില്ല ചിലപ്പോൾ ആരുടെ നെഞ്ചത്ത് ആ കത്തി കയറി നിൽക്കുന്നത് എല്ലാം ഉണ്ടാവും കത്തി കത്തി എടുത്ത സ്ഥലം ചിലപ്പം ഈ പത്രക്കാരിങ്ങനെ ഹെയറോമാർക്ക് ചെയ്യും കത്തി എടുത്ത ഷെൽഫ് അവിടുന്ന് പോയ ദൂരം പിന്നെ കത്തി ഇറങ്ങിയത് പിന്നെ കത്തി ഓപ്പറേറ്റ് ചെയ്ത് എടുത്തത് എല്ലാം ഉണ്ടാവും എന്ന് പറയാം ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് ഓർ ഓർക്കുക എന്ന് പറയാം എല്ലാറ്റിൻ്റെയും സമന്വയം അർജുനൻ ഇവിടെ കാണുന്നു സത്തയും അസത്തയും അതുപോലെ ദീർഘവും ഹ്രസ്വവും ഉയർച്ചയും താഴ്ചയും എല്ലാം തന്നെ ഇവിടെ സമന്വയിക്കുക എന്ന് പറയാം ഒന്നിൽ നിന്നും ഭഗവാൻ ഇവിടെ വിശ്വരൂപത്തിൽ ഒന്നിൽ നിന്നും ഭഗവാൻ വിട്ടു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വരൂപനായി നിലകൊള്ളുകയാണ് ഒരു പ്രകാരത്തിലും നിങ്ങൾക്ക് എന്താ പറയുക അതിർത്തി വരയ്ക്കാൻ പറ്റില്ല വിശ്വരൂപത്തിൽ കൃഷ്ണനെ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടേ മതിയാകും എല്ലാ വിഭജനങ്ങളും മാറ്റിവെച്ചു കിട്ടും ഇത്തരത്തിലൊരു സമ്പൂർണത നമ്മൾ വേറെ എവിടെയും കാണില്ല എന്ന് പറയാം അതുകൊണ്ട് എന്താ ഇതൊരു സിംഭണിയാണ് ഭഗവാന്റെ വിത്തോവന്റെ സിംഭണിയൊക്കെ കേട്ടിട്ടില്ല എല്ലാ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളത് അതാണ് ഇവിടെ ഭഗവാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറയാം ഇതാണ് നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം ഖ്യേ കോ ഭഗ്രൂപ നമോസ്തുവര പ്രസീദ വിജ്ഞാതമാദ്യം നമു തവ പ്രവൃത്തി ഭഗവാൻ അർജുനോട് ഒരു അപേക്ഷ നടത്തുകയാണ് പറയുന്നു ആഖ്യഹി മേ കോ ക ഭൻ ഉഗ്രൂപ നമോസ്തുതേ ദേവവര പ്രസീത വിജ്ഞാതും ഇച്ചാമി ഭവന്തം ആദ്യം നി പ്രജാനാമി തവ പ്രവൃത്തിം പറയണു ഹേ ദേവവര അല്ലയോ ദേവ ശ്രേഷ്ഠ വരേണ്ടനായിട്ടുള്ള അല്ലയോ ഭഗവാനേ തേ നമ അസ്തു അങ്ങേക്ക് നമസ്കാരം ഈ ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഭാവം ഇതായിരിക്കണം ഏതെങ്കിലും പെടയുന്ന ജീവനോട് നേർക്ക് കൈകൂപ്പണ്ട ഉള്ളിൽ പറഞ്ഞേക്കുക ഏത് ദാരുണമായ കാഴ്ചയാവട്ടെ ഉള്ളിൽ ഇതാണ് വരേണ്ടത് എന്താണ് തേ നമഹ അങ്ങേക്ക് നമസ്കാരം അങ്ങറിയാതെ യാതൊന്നും ഒന്നും ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറയാം പക്ഷേ നമ്മുടെ സംസ്കാരം ഇതുവരെയുള്ളത് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ കാണുന്ന സമയത്ത് ഭഗവാനെ പഴി പറയുന്ന ഒരു സംസ്കാരമുള്ളത് ഈ പഴി പറയുന്ന സംസ്കാരത്തിൽ ഒരിക്കലും വിശ്വരൂപ ദർശന യോഗം സംഭാവ്യമല്ല അറിഞ്ഞുള്ള ഏതാകട്ടെ ഏത് സംഭവങ്ങളും ഇത് ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന കാതലായ വശങ്ങളാണ് ഇത് കണ്ട അർജുനൻ ഭഗവാനെ നമസ്കരിക്കുകയാണ് അങ്ങേക്ക് നമസ്കാരം ക്യാൻസർ വന്നാലും ആദ്യം തന്നെ പറഞ്ഞേക്കാം നമസ്കാരം സ്വീകരിച്ചോളാം നമസ്കരിക്കാതെ പറ്റില്ല എന്ന് പറയാം നമസ്കരിച്ചേ മതിയാകും എവിടുന്ന് വീണാലും വണ്ടിയിൽ നിന്ന് വീണാലും സൈക്കിളിൽ നിന്ന് വീണാലും എല്ലാം നമസ്കരിച്ചുകൊടുക മനസ്സുകൊണ്ടൊരു നമസ്കാരം അതുകൊണ്ട് ഹേ ദേവവര വരേണ്യനായിട്ടുള്ള അല്ലയോ ഭഗവാനെ തേ നമ അസ്തു അങ്ങേക്ക് നമസ്കാരം മേ പ്രസീത അങ് എന്നിൽ പ്രസാദിച്ചാലും എങ്ങനെയാണ് ഉഗ്രരൂപ ഭവാൻ കഹ അങ്ങേ ഈ ഉഗ്ര രൂപം സ്വീകരിച്ചിട്ടുള്ള അങ്ങ് ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കഹ ഭവാൻ മേ ആക്യാഹി എന്നോട് പറഞ്ഞാലും പതിനൊന്നാം അധ്യായമൊക്കെ എത്തിയപ്പോഴേക്കും അർജുനന്റെ മട്ടൊക്കെ മാറി ഇത് സൈന്യത്തിന്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പറഞ്ഞ വിദ്വാനാണ് ഇപ്പൊ പറയുന്നത് അങ് ആരാണ് എന്നോട് പറഞ്ഞാലും ദയവായിട്ട് ഭവാൻ കഹ കഹ അങ് ആരാണ് മേ ആഖ്യാഹി എന്നോട് പറഞ്ഞാലും ആദ്യം ഭവന്തം വിജ്ഞാതും അഹം ഇച്ഛാമി ആദ്യം ആദ്യനായിട്ടുള്ള ആരംഭനായിട്ടുള്ള ം അങ്ങയെ വിജ്ഞാതും ഞാൻ അറിയാൻ ഇച്ചാമി ഞാൻ ആഗ്രഹിക്കുന്നു ഏതൊന്നാണോ ആരംഭത്തിൽ ഉണ്ടായത് അങ്ങയുടെ ആ ആരംഭ ഭാവത്തെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തവപ്രവൃത്തിയും അങ്ങയുടെ പ്രവൃത്തിയെ നഹി പ്രചാനാമി ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങയുടെ പ്രവൃത്തി ഇതും ഒരു നല്ല സമീപനാണ് അതുകൊണ്ട് നമ്മളെല്ലാറ്റിനും വിധി എഴുതിക്കളയരുത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് സ്വാമി ഇന്ന് ഭാഗവത സപ്താഹം ആരംഭത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു ഇല്ലേ അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത ആദ്യൊരേറാണ് ആദ്യൊരേറാണ് അതുകൊണ്ട് ഒരുപാട് ദൈവങ്ങൾ ഉള്ളത് നന്നായി നമുക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങനെ വിവേകാനന്ദ സ്വാമികൾക്ക് അങ്ങനെ തോന്നിയിരുന്നു അമ്മ ഭുവനേശ്വരി ദേവി രാമായണം വായിക്കുന്ന സമയത്ത് സ്വാമിജി അതിൽ ആകൃഷ്ടനായി അങ്ങനെ ശ്രീരാ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയെ ഉപേക്ഷിക്കുന്ന ഭാഗം വന്നത് വിവേകാനന്ദ സ്വാമികൾക്ക് ഒട്ടും വിവേകാനന്ദ സ്വാമികളല്ലാന്ന് നരേന്ദ്രൻ ഒട്ടും തന്നെ പിടിച്ചില്ല എന്ന് പറയാം ആ രാമന്റെ വിഗ്രഹം എടുത്തൊരൊറ്റയർ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വേണ്ട എന്ന് പറയാം നന്നായി വേറെ ഉണ്ടായത് എന്ന് പറയാം ശിവനായിരുന്നു പിന്നെ എന്ന് പറയുക അല്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു തന്നെ അങ്ങ് ആരാണ് ഇവിടെ തവപ്രവൃത്തി നഹി പ്രജാനാമി അങ്ങയുടെ പ്രവൃത്തി എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നെനിക്ക് എന്നെ എനിക്കൊന്ന് ബോധിപ്പിച്ച് തരൂ ഭഗവാൻ എന്നൊരു സമീപനമുണ്ടല്ലോ പ്രശ്നങ്ങളുടെ സങ്കീർണതയിൽ നാം കൈവരിക്കേണ്ടുന്ന മനോഭാവം ഇതാണ് അല്ലാതെ നമ്മളങ്ങോട്ട് വിധി എഴുതരുത് എനിക്കറിയാം അല്ലെങ്കിലും ഇത്ര കൊല്ലം ഭജിച്ചാലൊന്നും നടക്കില്ല അല്ലെങ്കിലും അങ്ങനെ ഒരു ഈശ്വരനെയും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഭജനവും ഗീതയും ഒക്കെ മതിയാക്കാം നീ തികഞ്ഞ യുക്തിവാദി എന്നിട്ടെന്താ കാര്യം എന്നിട്ടെന്തെങ്കിലും നേടാനുണ്ടോ എന്ന് ചോദിക്കുക ഒന്നുമില്ല ഈ ഒരു സമീപനാണെങ്കിലോ തെളിഞ്ഞു കിട്ടും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് മനസ്സിലാകാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പല ദുരന്തങ്ങളും ഉണ്ടാവും എല്ലാം അപ്രതീക്ഷിതമായിട്ട് തകിടം മറിയും പല ലോണൊക്കെ മേടിച്ചിട്ടായിരിക്കും വീടുണ്ടാക്കിയത് ഒരു മിന്നൽ ധാരാളമാണ് എന്ത് ചെയ്യും മൊത്തത്തിൽ തറ മുതൽ വാട്ടർ ടാങ്ക് വരെ ഒരു വിള്ളലായിരിക്കും മാറ്റി പണിതേ നിർവാഹുള്ളൂ നാട്ടുകാർ വിറ്റേ ദിവസം വന്ന് നോക്കും വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില എത്ര കിട്ടുമെന്നറിയാലോ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ എന്താ മിന്നൽ വന്ന് ഇങ്ങനെ വെട്ടാൻ എൻ്റെ ഈ ഭാഗത്തിന് കൃത്യമായിട്ട് ചെയ്യാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് പലതും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പം പ്രപഞ്ചത്തിൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ ചലനങ്ങളും അതിനധിഷ്ഠാനമായിട്ടുള്ള ഒരു വസ്തുവിനെയും അതിനെയൊക്കെ അറിയാനുള്ള ഒരു താത്പര്യം അറിയാതെ വന്നുകൂടും അതുകൊണ്ട് അർജുനന്റെ ഈയൊരു സമീപനം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്താണ് അർജുനന്റെ സമീപനം എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങേ അറിയാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അതൊന്നെനിക്ക് ബോധിപ്പിച്ചു തന്നാലും അങ്ങ് ആരാണ് ഭഗവാൻ ആരാണ് ഞാനെന്ന് പറയാ കേട്ടോളൂ ആരാണ് ഭഗവാൻ ശ്രീഭഗവുവാചോസ്മി ലോകക്ഷയകൃപ്രവൃത്ത ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ലോകക്ഷയകൃത് പ്രവൃദ്ധ ലോകാൻ സമാഹർത്തം ഇഹ പ്രവൃത്ത ഋതേ അപ്പൊ ം നഷ്യത്തി അവസ്ഥ പ്രത്യീകു യോദ്ധാ പറയുണു ഭഗവാൻ ആരെയ ഞാനെന്നല്ലേ നീ ചോദിച്ചത് ഞാൻ ആരാണ് എന്നാദ്യം തന്നെ ഞാൻ പറയാം അഹം ലോകക്ഷയകൃത് ഞാൻ ലോകത്തിന് അതായത് ലോകത്തിൻ്റെ നാശനം ചെയ്യുന്നവനാണെന്ന് പറയാം ലോകത്തിൻ്റെ നാശനം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ലോകത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ പ്രക്രിയ അനി എന്താ പറയുക തുടർന്ന് നടന്നുകൊണ്ടിരിക്കണം അനുസ്യൂതം മാറ്റം അതുകൊണ്ട് അഹം ലോകക്ഷയകൃത് ലോകത്തിന് നാശനം ചെയ്യുന്നവനാണ് ഞാൻ വിനോബാജി പറയും ക്ഷേത്രം പോലെ ക്ഷേത്രത്തോട് ഏതൊരു മനോഭാവം വേണോ അതേ മനോഭാവം നമുക്ക് ശ്മശാനത്തോടും വേണമെന്ന കാരണം അവിടെയാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് ഈ പ്രക്രിയ നടക്കുന്നത് മാറ്റം നമ്മുടെ ഗ്രാമത്തെ സുന്ദരമാക്കുന്നത് ആ കേന്ദ്രം അവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വിനോബാജിയുടെ അഭിപ്രായത്തിൽ ശ്മശാനം പട്ടണത്തിൻ്റെ നടുക്കു വേണമെന്നാണ് എന്താണ് ദിവസം ഇത് കാണണമെന്നാണ് ഈ പ്രക്രിയ പക്ഷേ നമ്മൾ അതിനെ വളരെ ദൂരത്ത് കൊണ്ടുപോയി വെക്കും ആരും കാണാത്തടത്ത് മരണത്തെയും നമ്മൾ അങ്ങനെയാണ് ഒതുക്കി വെച്ചിരിക്കുക ഒരു മൂലയിൽ അത് നിയന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും അതുകൊണ്ട് ഞാൻ ആരെന്ന് ആദ്യം പറയണം ആരാണ് ലോകനാശനം ചെയ്യുന്ന പ്രവൃദ്ധ കാലഹ അസ്മി ഞാൻ കാലനാക്കുന്നു പറയണോ ഭഗവാൻ ആരാണ് ഞാനെന്നല്ലേ നീ ചോദിച്ചത് ഇതാ ഞാൻ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 വിനോബാജി പറയും ക്ഷേത്രം പോലെ ക്ഷേത്രത്തോട് ഏതൊരു മനോഭാവം വേണോ അതേ മനോഭാവം നമുക്ക് ശ്മശാനത്തോടും വേണമെന്ന് കാരണം അവിടെയാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് ഈ പ്രക്രിയ നടക്കുന്നത് മാറ്റം നമ്മുടെ ഗ്രാമത്തെ സുന്ദരമാക്കുന്നത് ആ കേന്ദ്രം അവിടെ ഉള്ളതുകൊണ്ട് എന്ന് അതുകൊണ്ട് വിനോബാജിയുടെ അഭിപ്രായത്തിൽ ശ്മശാനം പട്ടണത്തിൻ്റെ നടുക്ക് വേണമെന്നാണ് എന്താണ് ദിവസം ഇത് കാണണമെന്നാണ് ഈ പ്രക്രിയ പക്ഷേ നമ്മള് അതിനെ വളരെ ദൂരത്ത് കൊണ്ടുപോയി വെക്കും ആരും കാണാത്ത അടുത്ത് നമ്മൾ അങ്ങനെയും ഒതുക്കി വെച്ചിരിക്കുക ഒരു മൂലയിൽ അത് കേന്ദ്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും അതുകൊണ്ട് ഞാൻ ആരെന്ന് ആദ്യം പറയുന്നു ആരാണ് ലോകനാശനം ചെയ്യുന്ന പ്രവൃദ്ധ കാലഹ അസ്മി ഞാൻ കാലനാകുന്നു ഞാൻ അർജുന കാലയവനന്റെ മുൻപിലോടിയവനാണ് എന്ന് പറയാം ഞാൻ ആരാണ് അവന്റെയും മുൻപിലുള്ളവനാണ് അഹം കാലഹ അസ്മി ഞാൻ കാലമാണ് ലോകാൻ സമാഹർത്തും ലോകങ്ങളെ സംഹരിക്കാൻ എന്ത് ചെയ്തിരിക്കുന്നു ഇഹ ഇവിടെ പ്രവൃത്തം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ അനുഭവങ്ങളെയും ലോകം പറഞ്ഞാൽ അനുഭവം എന്നാണ് ലോക്യതെ ഭുജ്യതെ ഇതി ലോക എല്ലാ അനുഭവങ്ങളെയും മാറ്റിക്കൊണ്ട് ഞാൻ ഇങ്ങനെ കാലനായിട്ട് പ്രവർത്തിക്കുന്നു പ്രത്യനീകേഷു പ്രത്യനീകേഷു എന്ന് പറഞ്ഞാൽ സേനകൾ തോറും ഈ സൈന്യങ്ങൾ തോറും ഏ യോദ്ധാഹ ഏതെല്ലാം യോദ്ധാക്കളുണ്ടോ അവസ്ഥിതാഹ ആരൊക്കെയാണോ നിലനിൽക്കുന്നത് അർജുന തേ സർവേ അവരൊക്കെ തന്നെ ത്വാം വൃതേ അഭി എന്ന ഭവിഷ്യന്തി നിന്നെ കൂടാതെ തന്നെ നിന്നെ കൂടാതെ നീ ചെയ്യുന്നില്ല എങ്കിലും അവരൊന്നും ന ഭവിഷ്യ ഭവിഷ്യന്തി എന്ന് പറയാം ജീവിച്ചിരിക്കില്ല നിന്റെ ആവശ്യമൊന്നുമില്ല നിന്റെ ഔദാര്യത്തിലൊന്നുമല്ല ഇപ്പൊ അവരിവിടെ നിലനിൽക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നല്ലോ അതായത് ഭഗവത്ഗീത ആദ്യം മുതൽ കേട്ട നമ്മള് ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ആറാമത്തെയും ശ്ലോകം ഒന്ന് മറച്ചു വെക്കുന്നത് നല്ലതാണ് ഒന്നാം അധ്യായത്തില് നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തില് അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുന്നു അല്ല അഹോപതമഹത്പാപം കർത്തും വ്യവസിതാവം യദ്രാജ്യസുഖലോഭന ഹന്തു സ്വജനമുദ്യതാ യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത് അർജുനൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഭഗവാനെ ഇതിലും വലിയ ഒരു കൊടുങ്കൈ ചെയ്യാനില്ല ഞാനിതായി ഇപ്പം ഇങ്ങനെ ഇവരെ കൊല്ലാൻ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് അർജുനൻ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുക ഒന്നാം അധ്യായത്തിൽ ഇവിടെയാണ് ഭഗവാൻ പതിനൊന്നാം അധ്യായത്തിൽ ഇവിടെ അർജുനനോട് പറയുന്നു അർജുന നിന്നെ കൂടാതെ തന്നെ എന്താണ് ഇതൊക്കെ ഞാൻ നീ യുദ്ധ യുദ്ധമാകുന്ന വിഷയത്തിൽ പ്രവേശിച്ചാലും പ്രവേശിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ കാര്യം ഞാനാണ് നോക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട് അർജുനനോട് ഇതൊക്കെ വളരെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് നോക്കാം തസ്മായസ്വാ ചിത് ശത്രുവരാജ്യം സമൃദ്ധം മയഹത പൂർവമേവ നിമിത്തമാത്രം തസ്മാ ത്വം ഉത്തിഷ്ട യശോലഭസ്വ ജിത്വാ ശത്രുവൻ ബുങ്ക്ഷുവ രാജ്യം സമൃദ്ധം മയാവ തേ നിഹിതാ പൂർവമേവ നിമിത്തമാത്രം ഭവ ഹേ സവ്യസാജിൻ തസ്മാ അതുകൊണ്ട് ഏതുകൊണ്ട് നീ ചോദിച്ചല്ലോ ഞാൻ ആരാണ് എന്ന് ഞാൻ ഈ ലോകത്തിൽ മാറ്റങ്ങൾ ചെയ്യുന്ന കാല കാലമാണ് കാലനാണ് എന്നാലാണ് ഇതെല്ലാം നടക്കുന്നത് അതുകൊണ്ട് നീ എന്താ വേണ്ടത് ത്വം ഉത്തിഷ്ഠ നീ എഴുന്നേക്കൂ നീ എഴുന്നേൽക്കുന്നതിന് എന്റെ സഹായം കൊണ്ട അതുകൊണ്ട് നീ എഴുന്നേൽക്കൂ ഈ ഒരു അറിവിൽ അർജുന എഴുന്നേൽക്കൂ എന്നിട്ടോ ശത്രുൻ ജിത്വ ശത്രുക്കളെ ജയിക്കൂ എന്നിട്ട് എന്ത് വേണം യശ ലഭസ യശസ്സിനെ പ്രാപിക്കൂ അല്ലയോ അർജുന എഴുന്നേറ്റാലും എന്നിട്ട് ശത്രുക്കളെ ജയിച്ച് യശസ്സിനെ പ്രാപിച്ചാലും സമൃദ്ധം രാജ്യം ബുംഷ ഐശ്വര്യപൂർണ്ണമായ ഈ രാജ്യത്തെ അനുഭവിക്കൂ ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഭഗവാന്റെ പ്രഖ്യാപനമാണ് നമുക്ക് അറിയുന്ന രണ്ട് മാർഗങ്ങളാണ് നമ്മൾ ഇതുവരെ ചീലിച്ചത് മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നുകിൽ ഒരറ്റം അല്ലെങ്കിൽ മറ്റേ അറ്റം മധ്യത്തിൽ നിൽക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഒന്നുകിൽ അലസൻ അല്ലെങ്കിലോ സന്യാസി രണ്ടിന്റെ ഇടയിൽ നന്നായിട്ട് ഭാര്യയും കുട്ടിയും കുട്ടികളും ഈ ചുറ്റുപാടും ലോകവും ഒക്കെയായിട്ട് പോണം ചെറിയ പ്രശ്നമുണ്ട് ഹിമാലയം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒളിച്ചോടാൻ ഉള്ള സ്ഥലമല്ല ഹിമാലയം പിന്നെയോ അപ്പൊ സ്വീകരിക്കാനുള്ളതല്ല ഇതും അല്ലെ അർജുനനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം അർജുനൻ മുൻപ് നടന്നി നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ സന്യസിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഒരു യോദ്ധാവെന്ന നിലയിൽ എങ്ങനെയാണോ എന്താ പറയുക ഞാണ് മുറുക്കുന്നത് ആ മദ്യത്തിൽ നിലകൊള്ളൂ അത് ലോകത്തെ അനുഭവിക്കൂ അർജുന ശത്രുക്കളെ ജയിച്ചിട്ട് ഈ ഭൂമിയിൽ നിലകൊള്ളൂ ഒരു ലയമുണ്ട് എന്ന് പറയാം ഈ ഭൂമിയിൽ നിലകൊള്ളുന്നതിൽ അതുകൊണ്ട് ഒരു മദ്യവർത്തിയാവും അറ്റത്തേക്ക് പോകേണ്ട അറ്റം കുഴപ്പങ്ങളാണ് എന്ന് പറയാം രണ്ടറ്റത്തേക്ക് അറിവില്ലാതെ പോയി കഴിഞ്ഞാൽ എതിർധ്രുവത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുക ഏതെങ്കിലും ഒരു അറ്റത്ത് പോയിക്കഴിഞ്ഞാൽ ആ അറ്റം ഈ അറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നടക്ക് നിന്നു കഴിഞ്ഞാൽ രണ്ടും അറിയാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാൻ പറയണോ എന്താണ് സമൃദ്ധം രാജ്യം ബുംക്ഷൂർണ്ണമായ ഈ രാജ്യത്തെ അനുഭവിക്കുക ഒരൽപ്പം പോലും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അനുഭവിക്കണമെന്നൊക്കെ മുൻപ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ചക്രത്തെ അറിഞ്ഞ് അതിൽ എങ്ങനെയാണ് ഈ ചക്രം പ്രവർത്തിക്കുന്നത് ഏത് ഭാവത്തോടുകൂടി കർമ്മം ചെയ്യണം ഇത്യാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഭാവത്തിൽ ഇവിടെ വർത്തിക്കാനാണ് പറയുന്നത് രാജ്യം ബുംഷ്വ അനുഭവിക്കൂ ഹേ സവ്യസാജിൻ ഭഗവാൻ പറയണം ലെപ്റ്റൻ ഡ്രൈവാണ് അർജുനൻ അതുകൊണ്ട് സവ്യസാജിൻ എന്ന് പറഞ്ഞാൽ സവ്യേന ശരാൻ സജിതും ശീലം അസ്യാസ്തി ഇതി സവ്യസാജിൻ ഇടത് കൈകൊണ്ട് ശരം പ്രയോഗിക്കാൻ കഴിവുള്ളവൻ അതും ഭഗവാന്റെ അനുഗ്രഹമാണ് അത് നീ രണ്ട് കൈ കൊണ്ടും അല്ലയോ അർജുനാണ് സവ്യസാജിൻ ഹേ സവ്യസാജി എന്നുള്ളത് ഒരു പേരാണ് എങ്ങനെയാ പേര് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇടത് കൈ കാര്യങ്ങൾ അറിയാം എന്ന് പറയാം ചെയ്യാൻ അപ്പം വലത് കൈ നടക്കില്ല ഇടത് കൈ രണ്ട് കൈ ചെയ്യാൻ കഴിവുള്ള അല്ലയോ അർജുനാണ് മയാ എന്നാൽ തന്നെ ഏതേ പൂർവമേവ ഇതാ ഇവരൊക്കെ തന്നെ മുൻപേ തന്നെ നിഹതാഹ കൊല്ലപ്പെട്ടിരിക്കണം അർജുന ഇവരെയൊക്കെ ഞാൻ പണ്ടേ ശരിയാക്കിയത് അതിനാണ് ഭഗവാൻ എല്ലാവരെയും ഒന്ന് എന്ന് പറയാം അവിടെ ഇരുന്ന ഒരൊറ്റ നോട്ടം നോക്കിയിട്ടുണ്ട് ആ നോട്ടത്തിൽ തന്നെ എല്ലാവരുടെയും ജീവനെ പ്രാണനെ ഭഗവാൻ അപഹരിച്ചു എന്ന് പറയാം പിന്നെ അവര് വെറുതെ നിൽക്കുന്നു ക്രിസ്തുദേവം വിളിക്കുന്നുണ്ട് എന്താണ് വെള്ളപൂശിയ കല്ലറകളെ ആളുകളെ അതായത് അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ കല്ലറകളാണ് ഉള്ളിൽ ഞാൻ കാണുന്നത് ജീർണിച്ച ശവമാണ് എന്ന് പറയാം ജീവനോടുള്ളവരെ വിളിച്ചതാണ് അദ്ദേഹം വെള്ളപൂശിയ കല്ലറകളെ അപ്പൊ ഞാൻ അവരെ കൊന്നുകഴിഞ്ഞു മുൻപേ തന്നെ ഞാൻ കൊന്നു എൻ്റെ നോട്ടം കൊണ്ട് തന്നെ അവർ പണ്ടേ മൃതരാണ് ജീവനില്ല അതുകൊണ്ട് നീയല്ല അവരെ ഇല്ലാതെയാക്കുന്നത് മയാ ഏവ ഏതേ പൂർവമേവ നിഹിതാഹ ഇവിടെ ആരൊക്കെ കൊല്ലപ്പെടുന്നുണ്ടോ അതെല്ലാം എന്നാൽ വളരെ നേരത്തെ തന്നെ പിന്നെ അതിലേക്ക് നടന്നടുക്കുകയുള്ളൂ എന്താ ഇവിടെ ഈ പ്രയോഗം അതായത് എന്നാണോ ജനിച്ചത് അന്ന് തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ആ വരാം ഉള്ളൂ നിങ്ങൾ വിചാരിക്കരുത് കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ജനി ജനനത്തോടൊപ്പം തന്നെ അതും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ ജീവിതം എന്താ ജസ്റ്റ് നടന്നടുക്കുകയുള്ളൂ ഇതിലേക്ക് അതിൽ നീ ഒന്ന് നീ വിചാരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയാം ജനിച്ച ഉടനെ തന്നെ ആ ദൂരം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു പിന്നെ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്രിയ ഞാനാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മയാ ഏവ ഏതേ പൂർവമേവ നീഹിതാഹ ജനത്തോടൊപ്പം തന്നെ ഞാനതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട നമ്മൾ പല പല പല ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ അല്ലേ ഇത് ഇതൊന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഭാരതം അത്തരത്തിലുള്ള ഗവേഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാ ഓം ക്രതോസ്മര കൃതം സ്മര കൃതോസ്മര കൃതം സ്മര അഗ്നേ നയസുഭാരായേ അസ്മാൻ വിശ്വാനി വൈനാനി വിദ്വാൻ യോദ്യസ്മജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തി വിധേമ ഇതം ശരീരം ഭസ്മാന്തം ഓം ക്രതോസ്മര കൃതം സ്മര ഇത് ഭസ്മമാകാനുള്ളതാണെന്ന് പണ്ടയ്ക്കുമുണ്ട് അതിലായിരുന്നു അവരുടെ ഗവേഷണം എന്ന് പറയാം അപ്പൊ ഞാനാണ് ഇതിൻ്റെ ആൾ അര് അതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഗവേഷണങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാലും ചിലപ്പോ ഇങ്ങനെ കിട്ട ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നമ്മുടെ ഒരു വൈകല്യം ശാസ്ത്രം നേടുന്ന അറിവുകളുണ്ടല്ലോ അതായത് ഭൗതികശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രം ആ വൈദ്യശാസ്ത്രത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവന് കുറേയും കൂടെ വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ അനുവദിച്ച് കിട്ടുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ജയിച്ചു എന്ന വെറുതെയാണത് കാരണം ഈ ബുദ്ധിയും ഈ ശേഷിയും എല്ലാം തരുന്നത് ആ അദൃശ്യമായിട്ടുള്ള ആ ശക്തി തന്നെയാണ് ഏത് ഏത് ശാഖ വികസിപ്പിച്ചെടുത്താലും അതുകൊണ്ട് പൂർവമേവ നിഹിത ഞാൻ മുൻപേ ചെയ്യപ്പെട്ടിരിക്കുന്നു പിന്നെ നീ എന്താണ് നിമിത്ത മാത്രം ഭവ നിനക്ക് നല്ലൊരു ചാൻസാണ് നിന്നിലൂടെ ഇതൊക്കെ നടക്കും നീ വെറും നിമിത്തം ഒരു ഉപകരണം ഒരു കാരണം ഒരു കാരണമെന്ന നിലയിൽ നീ പ്രവർത്തിക്കൂ അർജുന എന്ന് പറയാ അതുകൊണ്ട് നീ എന്തു വേണം നീ നിന്റെ ആ എല്ലാ ഭാവത്തോടും കൂടി നീ നിന്റെ അധിപനായി തീരണം നീ ഒരിക്കലും ഇങ്ങനെയുള്ള വികാര വിചാരങ്ങളിൽ പെട്ടിട്ട് ഞാൻ അവരെ കൊന്നുവെന്നോ എന്നാൽ അവർ കൊല്ലപ്പെടുന്നുവെന്നോ ഒന്നും കരുതണ്ട എന്ന് പറയും അതെല്ലാം എനിക്ക് വിട്ട് തന്നയിക്കും നീ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കരുത് നമ്മളും അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്നിട്ടോ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കണം നമ്മളോടുള്ള തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ദുഃഖിക്കേണ്ടി വരുന്നത് ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുക ആർക്കെങ്കിലും അസുഖായാൽ ഇനി വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നവും നമ്മുടെ പ്രശ്നമാണ് പത്രം വായിച്ചിട്ട് നമ്മൾ അങ്ങനെ ആലോചിക്കും ഇനിയിപ്പോ എന്താ ഇതിനൊക്കെ ഒരു പോകും വഴി വേണ്ട എന്ന് പറയാം അതൊക്കെ എനിക്ക് വിട്ട് നിക്കൂ എന്നതാ ഗീതയിൽ പറയുന്നു ദ്രോണം ച ഭീഷം ചയദ്രഥം ചർണം തധാനി യോധവീരാൻ മയാം ചിമാവ്യധിഷ്ടുദ്ധ്യസ്വജേതപത് ഭഗവാൻ തുടർന്ന് പറയുന്നു അർജുന വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറഞ്ഞുതരാം പറയുന്നു ദ്രോണം ഭീഷ്മം ചയദ്രദം തോധവീരാൻ ്യധിഷ്ടവ ജന സപത്നാൻ പറയുന്നു മയാ ഹാൻ ഭഗവാൻ പറയുന്നു ഭഗവാൻ ഇവിടെ പറയുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരായ മയാ ഹതാൻ എന്നാൽ കൊല്ലപ്പെട്ടവരായിട്ടുള്ള ആരൊക്കെയാണ് ദ്രോണം ച ഭീഷ്മം ച ജയദ്രതം ച കർണം ച ഇതിലെ പ്രധാനികൾ എന്ന് പറയാ ആരൊക്കെയാണത് ഇതാ ദ്രോണര് ഭീഷ്മര് ജയദ്രതൻ കർണൻ മാത്രമല്ല തഥാ അന്യൻ അതുപോലെ മറ്റുള്ളവരും യോധവീരാനപി എല്ലാ യോധവീരന്മാരും ചുരുക്കി പറഞ്ഞ നീ ഉൾപ്പെടെ എന്ന് പറയാം വേണമെങ്കിൽ അങ്ങനെ പറയാം യോധവീരൻ എന്ന് പറയുമ്പോ എല്ലാവരും അതിൽപ്പെടുമെന്ന് പറയാം യോഗ വീരാൻ അബി ത്വം എല്ലാവരും അതിൽ പെട്ടു അതുകൊണ്ട് എന്താ വേണ്ടത് ത്വം ജഹി നീ ജയിക്കൂ ഇവരെയൊക്കെ മാ വ്യതിഷ്ഠ ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട നമ്മളോടെ പറയുന്ന വിഷമം അടിസ്ഥാനമായിട്ട് ഒന്നും മാറ്റിത്തരാൻ പോന്നതല്ല നമ്മൾ വെറുതെ ദുഃഖിച്ചിരിക്കുന്നത് ദുഃഖം ഒരുവന് ശാശ്വതമായിട്ട് എന്തെങ്കിലും നേടിക്കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും നേടിക്കൊടുത്തിട്ടില്ല വ്യസനിക്കണ്ടേ സ്വാമി വ്യസനിച്ചോളൂ എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല കിട്ടുമോ എന്തെങ്കിലും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ് മാ വ്യതിഷ്ഠ വ്യസനിക്കരുത് യുദ്ധസ്വ യുദ്ധം ചെയ്യ എന്നിട്ടോ ണേ സപത്നാൻ ജേത അസി യുദ്ധഭൂമിയിൽ നീ ശത്രുക്കളെ ജയിക്കും അല്ലെങ്കിൽ ശത്രുക്കളെ നീ ജയിക്കേണ്ടവനാണ് എന്ന് പറയാം ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് യുദ്ധത്തിൽ നീ ശത്രുക്കളെ ജയിക്കേണ്ടവനാണ് പക്ഷേ അതേസമയത്ത് ഭഗവാൻ പറയുന്നു അർജുന ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു വളരെ ഗംഭീരമായിട്ടുള്ള പറച്ചില്ല ഞാൻ ഓൾറെഡി എന്താ ഞാൻ ആദ്യമേ തന്നെ ഇവരെ എല്ലാം വക വരുത്തിയിട്ടുണ്ട് പിന്നെ നീ ചെയ്യേണ്ടത് എന്താണ് നീ ഒരു നിമിത്തമായി നിലകൊള്ളുക മാത്രം ഇത് ഒരുവനെ സമൂലം മാറ്റിമറിക്കുന്ന പ്രഖ്യാപനമാണ് പിന്നെ ഭഗവാന്റെ നിമിത്തമാകാൻ നമ്മൾ എന്താ പറയുക നിമിത്തമാകാൻ വേണ്ടി നിമിത്തമാകുന്നു ഇതിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അത് ഭഗവത്ഗീത പോലുള്ള ഒരു ഗ്രന്ഥത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടാ ഇത് പറയാനുള്ളത് യുദ്ധഭൂമിയിൽ നിസ്സംഗനായിക്കൊണ്ട് സംഘത്തിന്റെ ഒരു കണിക പോലും ഏൽക്കാതെ യുദ്ധം ചെയ്യാം നിങ്ങൾക്ക് ലോകത്തിത്രയും എന്താ പറയുക സംഘർഷം നിറഞ്ഞൊരു കർമ്മം വേറെ ഇല്ല അതുകൊണ്ടാണ് ഇതിനെ ഉപദേശം ഈ എന്താ പറയാ യുദ്ധഭൂമിയിൽ ഇതിനെ കൊണ്ടുവന്നത് വേറെ ഒരു ഒരു കർമ്മവും ഇത്ര സങ്കീർണമല്ല ഒരു കർമ്മം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാണിച്ചേരാൻ പറ്റും സങ്കീർണമായിട്ടുള്ളൊരു കർമ്മം ഒരു ഒരുവന് ഒരു ജഡ്ജായിരിക്കെ എന്താ അച്ഛൻ ജഡ്ജാണ് മകന്റെ കാര്യത്തിൽ വിധി പറയേണ്ടി വരുമ്പം അതൊരു സങ്കീർണതയാണ് അല്ലേ അതേസമയത്ത് സ്വന്തം ആളുകളെ കുടുംബത്തിൽ വഴക്ക് കുടുംബത്തിൽ കുടുംബത്തിൽ പൊരിഞ്ഞടി നടക്കണം അപ്പോഴാണ് ലാത്തിചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വിട്ടത് ആരാ മകം പോലീസിനെ തന്നെ ഇങ്ങനെ ഉണ്ടാവും ആരെ അടിക്കേണ്ടത് അച്ഛനെ അടിക്കണോ അമ്മാവിനെ അടിക്കണോ പൊരിഞ്ഞടിയാണ് സ്വത്ത് തർക്കം നടക്കുന്നു അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു കർമ്മം ആ കർമ്മത്തിൽ ആ കർമ്മം ചെയ്യാൻ അർജുനോട് പറയുക എന്താണ് അതിൻ്റെ ഫലം അതെല്ലാം തന്നെ ആ കർമ്മവും കർമ്മഫലവും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനവരെ മുൻപേ തന്നെ ഹനിച്ചിരിക്കുന്നു ഇനി നീ എന്താ വേണ്ടത് നീ നിന്നു കൊടുക്കുക മാത്രം ഇപ്പം ഇവിടെ നമ്മൾ ഈ ഇതുവരെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളതിന് മുഴുവൻ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടായിട്ട് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഞാൻ അത് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അല്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് മുഴുവൻ മാറി മറിയുമെന്ന് പറയുക അതുകൊണ്ട് ഈ ഒരു അറിവിലേക്ക് ഉണരുക അറിവ് അനന്തമായ ഒരു എന്താ പറയുക ഒരു ആകാശത്തെയാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് പറയാം അനന്തമായ ആകാശത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെയൊന്നുമല്ല അതിൽ നിന്നങ്ങോട്ട് യുദ്ധം ചെയ്യാം അപ്പൊ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളുണ്ട് അതാണ് അപ്പൊ ഇതൊക്കെ അസ്ഥാനത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്താണ് ഭഗവാൻ അർജുനനെ യുദ്ധത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇത് ഗാന്ധിജിയുടെ ഗീത വായിക്കുന്ന സമയത്ത് പോലും നമുക്ക് അതായത് കൃഷ്ണ ഈ പല ആളുകളും സ്വാമി അവരെക്കാൾ വിവരമുള്ള ആള് എന്ന് പറയല്ല വളരെ ബഹുമാനത്തോടുകൂടി പറയുകയാണ് കൃഷ്ണനേക്കാൾ മതപരൻ അർജുനനാണെന്ന് ഇവർ കാണുന്നു കാരണം അർജുനൻ സഞ്ചരിക്കുന്നത് കൃത്യമായ ഒരു പാതയിലൂടെ ആ കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന അർജുനനെ ഭഗവാൻ മനപൂർവം വേറൊന്നിലേക്ക് തള്ളിയിടുന്നു എന്ന് എന്ന് തോന്നുമാരാണ് വ്യാഖ്യാനങ്ങൾ പോയിട്ടുള്ളത് അത് വലിയൊരു കുഴപ്പമാണ് കാരണം ആ കൃഷ്ണന്റെ ആ ഭാവത്തെ പൂർണ്ണമായ ഭാവത്തെ കൈക്കൊള്ളാൻ പലപ്പോഴും പല പലയിടത്തും അതിന് വേണ്ടത്ര പൂർണ്ണത കിട്ടാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ യുദ്ധം തന്നെ എന്താ യുദ്ധം ആന്തരികമാണ് എന്നൊക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് യുദ്ധം ഇനിയിപ്പം ബാഹ്യമായ ഒരു യുദ്ധഭൂമിയിൽ തന്നെ ഒരു യോദ്ധാവിന് അടരാടാൻ പറ്റുന്ന നിയമങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒരു മഹാഭാരത യുദ്ധം ഉണ്ട് എന്നിരിക്കട്ടെ ശരിയായിട്ടുള്ളൊരു യുദ്ധം ആ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ടുന്ന പ്രധാന യോ പ്രധാന യോദ്ധാവല്ല എല്ലാവർക്കും പറ്റിയ ഉപദേശ കൃഷ്ണനേക്കാൾ മതപരൻ അർജുനനാണെന്ന് ഇവർ കാണുന്നു കാരണം അർജുനൻ സഞ്ചരിക്കുന്നത് കൃത്യമായ ഒരു പാതയിലൂടെ ആ കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന അർജുനനെ ഭഗവാൻ മനപൂർവം വേറെ ഒന്നിലേക്ക് തള്ളിയിടുന്നു എന്ന് എന്ന് തോന്നുമാരാണ് വ്യാഖ്യാനങ്ങൾ പോയിട്ടുള്ളത് അത് വലിയൊരു കുഴപ്പമാണ്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 ശരിയായിട്ടുള്ളൊരു യുദ്ധം ആ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ടുന്ന പ്രധാന യോദ് എല്ലാവർക്കും പറ്റിയ ഉപദേശമായിട്ട് കാരണം അതിർത്തിയിൽ കാക്കുന്ന ഭടന് ഈ ഭാവത്തോടുകൂടി അല്ലെങ്കിൽ കാക്കാൻ പറ്റില്ല അല്ലേ ഭടൻ ലീവിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയൽവക്കക്കാരൻ വേലി ചാടിയതിന് ഇവൻ ഇവന്റെ റൈഫിൾ എടുത്ത് ഷൂട്ട് ചെയ്യുക റൈഫിൾ പോട്ടെ അവൻ അവന്റെ കോടാലി എടുത്തൊന്ന് കൊടുത്തു കഴിഞ്ഞാലോ എന്നിട്ട് അവൻ പറയുകയാണ് ഏയ് ഞാൻ അതിർത്തിയിൽ പത്ത് പതിനഞ്ചെണ്ണത്തിനെ തട്ടിയിട്ടാണ് വരുന്നത് പിന്നെയാണ് എനിക്കിവിടെ ഈ അതിർത്തി എനിക്കൊരു വിഷയമല്ല എന്നെ സംബന്ധിച്ച് അവിടെ സിയാച്ചിലൊക്കെ ഞാൻ കിടന്ന് എത്ര തട്ടുന്നു മോനെ സിയാച്ചിൽ തട്ടുന്നത് അത് കാര്യം വേറെ അത് നിനക്ക് വേണ്ടിയല്ല പിന്നെയോ മൊത്തം രാഷ്ട്രത്തിന് വേണ്ടിയാ ഇവിടെ നീ തട്ടിയതോ നിന്റെ സ്വകാര്യ കാര്യത്തിന് വേണ്ടി അതുകൊണ്ട് നീ ഈ കർമ്മത്തിൽ നീ ബന്ധിതനാണ് ആ കർമ്മത്തിൽ നീ ബന്ധിതനല്ല അപ്പം നമ്മൾ വിചാരിക്കും എന്താ നമ്മൾ വിചാരിക്കുന്നത് ഭഗവത്ഗീതയിൽ അർജുനൻ വളരെ ന്യായമായ കാര്യമാണല്ലോ പറയുന്നത് ഗുരുക്കന്മാരെ കൊല്ലണ്ട അവരെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട ഭഗവാനെ ഈ വഴിക്ക് ഞാനങ്ങോട്ട് പോയിക്കോട്ടെ സന്യാസമായിട്ട് അപ്പൊ അർജുനൻ ആ വഴിക്ക് തിരിഞ്ഞാലുള്ള കുഴപ്പം എന്താ അർജുനൻ ആ വഴിക്ക് തിരിഞ്ഞാലുള്ള കുഴപ്പത്തെയാണ് ഭഗവാൻ കാണുന്നത് കാരണം ഇന്ന് വലിയൊരു സമൂഹം ആളുകളും ഇങ്ങനെ തിരിയപ്പെട്ടവരാണ് പലരും അനുകരിക്കുന്നവരാണ് ഈ അനുകരണത്തിനെതിരാണ് ഗീത അതുകൊണ്ട് കൃഷ്ണൻ കൃഷ്ണന്റേതായിട്ടുള്ള ഒരു വഴി തെളിയിച്ചെടുത്തിട്ടുണ്ട് വേറെ ആർക്കും കാണാൻ പറ്റില്ല ഈ വഴി അപ്പൊ ഈ എന്താ പറയുക കൃഷ്ണൻ എല്ലാ നിയമങ്ങൾക്കും എതിരായിട്ടുള്ള ആളുക ശ്രദ്ധിച്ചിട്ടുണ്ടോ കൃഷ്ണന്റെ ജീവിതത്തിൽ നിങ്ങൾ ഭാഗവതത്തിലൊക്കെ നോക്കിയാൽ അത് കാണാം എല്ലാറ്റിനും ഭഗവാനെ കളവ് ചെയ്യുന്നതിന് ഭഗവാൻ ഒരു ന്യായീകരണം ന്യായീകരണമല്ല താൻ താൻ മോഷ്ടാവാണ് ഒരു ഈശ്വരനെ മോഷ്ടാവായിട്ട് എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലാത്ത പറയാം വസ്ത്ര സ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചവനാണ് എന്താ താൻ ചെയ്യാത്തത് ഒന്നുമില്ല എന്ന് പറയുക അപ്പൊ എല്ലാറ്റിനും തനി താൻ എല്ലാറ്റിനും ഒരു പൂർണ്ണത നൽകുന്നവനാണ് എല്ലാ നിയമങ്ങളെയും എല്ലാം ഇതുവരെയുള്ള പാരമ്പര്യത്തെ മുഴുവൻ തെറ്റിച്ച ആളാണ് ഗോവർദ്ധന ഉദ്ധാരണത്തിലൂടെ വലിയൊരു പ്രസംഗം വിപ്ലവാത്മകമായിട്ടുള്ള കലൂരിൽ ഈ മൈതാനത്ത് മൈക്കു വെച്ചടിച്ചു വിടുന്ന പോലെയല്ല അങ്ങേ ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള ഒരു വിപ്ലവാത്മകമായിട്ടുള്ള പ്രസംഗ പരമ്പര ഭഗവാൻ അവിടെ നടത്തുന്നുണ്ട് ഭാഗവതത്തിൽ നിങ്ങളത് കാണും ഇന്ദ്രനെയും മറ്റും പൂജിക്കാൻ പോകുന്ന സമയത്ത് അതുവരെ നിലവിലിരുന്ന സംവിധാനത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയൊരു ആശയത്തെ തന്നെ ജനമധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനെ അധിവർത്തിക്കാൻ പോകുന്ന ബുദ്ധിവൈഭവങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു അപ്പൊ എല്ലാ നിയമങ്ങളെയും താൻ തനത അതുകൊണ്ട് ഈ ഗീതയൊക്കെ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അതാണെന്ന് പറയാം അതൊരു വലിയൊരു സ്വാതന്ത്ര്യമാണ് അതാണ് നമ്മൾ നേടേണ്ടതും അതുകൊണ്ട് നിയമങ്ങളൊക്കെ ഭഗവാൻ ഈ ഗീതയുടെ പക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ നിയമങ്ങളൊക്കെ തടവറകളാണ് പറയാം അതെല്ലാം തന്നെ നമുക്ക് തടവറകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക കൃഷ്ണൻ അതിനെതിരായിരുന്നു ക്രിസ്തു അതിനെതിരായിരുന്നു എന്ന് പറയാം ക്രിസ്തു എന്താ പറയുക പരമ്പരയായിട്ട് വന്നിട്ടുള്ള ഒരാളല്ല സ്ഥാപക യോഹന്നാനിൽ നിന്ന് അദ്ദേഹം ഒരു ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ഗുരുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സത്യം ജ്ഞാനസ്നാനം ചെയ്ത് സത്യമറിഞ്ഞ ആളാണ് പക്ഷേ അദ്ദേഹം യോഹന്നാന്റെ വഴിയിലല്ല സഞ്ചരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിലാണ് പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേർക്ക് സംശയമായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയും ബുദ്ധന്റെ കേസും അത് തന്നെയാണ് എന്തിനാണ് സ്വാമിയുടെ കേസും അത് തന്നെയാണ് തപോൻ സ്വാമികൾ പോണ്ടാന്നാ പറഞ്ഞു പക്ഷേ തനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അവിടെ ഒരു ധിക്കരിക്കലും ഉണ്ട് എന്ന് പറയാം താൻ തനതായ വഴി വെട്ടി തുറന്നിട്ടുണ്ട് ആ വെട്ടി തുറന്ന വഴിയെ അന്ന് എല്ലാവരും വിമർശിച്ചിട്ടുള്ളതാണ് പക്ഷേ തനിക്കറിയായിരുന്നു തൻ്റെ വഴി ശരിയാണ് ഇനി നമ്മളൊക്കെ സ്വാമിജിയുടെ ഒരു കാർബൺ കോപ്പി ആവാൻ വേണമെങ്കിൽ ശ്രമം നടത്താം പക്ഷേ കാർബൺ കോപ്പി ആവാനേ പറ്റുള്ളൂ അതായത് ഒരു ഫോട്ടോ കോപ്പി പോലെ പക്ഷേ വഴി വേറെ തുറക്കണമെന്ന് പറയാം വിവേകാനന്ദ സ്വാമികളും അത് തന്നെയാണ് വേറൊരു വഴി തുറന്ന ആളാണ് അപ്പൊ ഈ ഒരു വഴി ഗീതയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് അതായത് നിങ്ങളെ എല്ലാ ചട്ടക്കൂട്ടിൽ നിന്നും മാറ്റി നിങ്ങളെ നിങ്ങളാക്കി നിർത്തും വേറൊരു സാധനത്തിനും അത് സാധിക്കില്ല നമ്മുടെ ഈ ശാസ്ത്രത്തിനല്ലാതെ സ്വന്തം കാലിൽ വല്ലവൻ്റെയും കാലിലല്ല ഒരു പുരോഹിതനും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് അങ്ങനെ വിരാജിക്കും ആ കരുത്താണത് എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ അതിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത് അതാണിവിടെ തരുന്നത് നമ്മൾ നേടേണ്ടതും അത് തന്നെയാണ് അതേത് കുട്ടിക്കും ഏതൊരു കുട്ടിക്കും അതാണല്ലോ ആവശ്യം ഇത് നമ്മൾ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ അച്ഛൻ വേണം പോവാൻ കൂടെ അത് മുതൽ തുടങ്ങുന്നു ഷൂവിന്റെ ലൈസ് അവൻ ഒട്ടിക്കിടുകയാണെങ്കിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ കെട്ടിത്തരാം ഞാൻ കെട്ടിത്തരാം നമ്മൾ കണ്ട കാഴ്ച പറയട്ടെ ദയവീതി കണ്ട കാഴ്ചകളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ മേലിൽ അനുവർത്തിക്കരുതാ തോന്നുന്നു അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ ഫ്രൂട്ടി അത് ആ സാധനം കുടിക്കുന്ന അത് ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞ് കുട്ടി പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ട്രെയിൻ അപ്പം അത് മേടിച്ചു അച്ഛൻ അപ്പം അത് മേടിച്ചു സമയത്ത് അദ്ദേഹം അതിൻ്റെ ആ സ്ട്രോ കൊടുത്തു അപ്പോൾ അച്ഛൻ കാശ് കൊടുത്തിട്ട് കാശ് മേടിച്ച് അതിനെ പോക്കറ്റിൽ വെക്കി ആ സമയത്ത് അവൻ അതിനെ എടുത്തിട്ട് ഇതാക്കാം വേണ്ട ഞാൻ ഞാൻ ചെയ്തു തരുമോ ഞാൻ ചെയ്തു തരാം അത് നീ പുറത്ത് കളയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവനത് നമുക്ക് ആ കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ ദൂരെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവനത് കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം അത് അതിൽ അവന് സ്വയം അതിനെ കുത്തിയിറക്കുന്ന കാര്യത്തിലാണ് മുപ്പം അതിലായിരുന്നു ട്രെയിൻ അതിലൊരു വല്ലാത്തൊരു ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല കാരണം അവൻ്റെ നിങ്ങൾ ദയവ് മനസ്സിലാക്കൂ നമ്മുടെ കുട്ടികളുടെ ഇന്ദ്രിയങ്ങൾ വളരുകയാണ് നമ്മളെ തളരുകയല്ല ദയവ് മനസ്സിലാക്കൂ നമ്മുടേത് തളരുകയാണ് അവരുടേത് വളരുകയാണ് അപ്പോൾ ഈ വളരുന്ന അതിനെ പിടിച്ചു നിങ്ങൾക്ക് സാധ്യമല്ല നമ്മൾ ചെയ്യുന്നത് അതാണ് എന്നിട്ട് ഈ വിദ്വാൻ പിടിച്ചിട്ട് ഒരൊറ്റ നെക്കലിന് അത് പിഷ്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അവൻ ചിരിക്കുക എന്ന് പറഞ്ഞു അവന് വലിയ സന്തോഷമായി ഈ വിഡ്ഢിയോട് ഞാൻ പറഞ്ഞില്ലേ മുൻപേ തുറക്കാം എന്ന മട്ടില്ലാതവൻ ചിരിച്ചത് അതെ ഈ ഒരു ആശയം അവൻ കൈമാറി എന്ത് കാര്യം കുട്ടിയാവുന്ന സമയത്ത് നമ്മളതല്ലേ ചെയ്യുന്നത് മുട്ടിട്ടഴിഞ്ഞിട്ട് ഓടിപ്പോയി എന്തെങ്കിലും എടുക്കാൻ നേരത്ത് ഏ െന്ന് പറഞ്ഞിട്ടൊരു വിളിയുണ്ട് പെട്ടെന്ന് കുട്ടി തിരിഞ്ഞു നിന്ന് നോക്കും തുടരുത് തുടരുത് തുടരുത് എടുക്കരുത് അത് അങ്ങനെ വിലക്കുകൾ ഏർപ്പെടുത്തരുത് എന്ന് പറയാം ആ ഭഗവാൻ അതറിയാം എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ അതിന്റെ എവിടെയൊക്കെ ആരൊക്കെ അരുതരുത് പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ ഉണർത്തി വിടുകയാണ് അതുകൊണ്ട് അർജുന യുദ്ധഭൂമിയിലേക്ക് ഈ യുദ്ധത്തിനായിട്ട് ഇറങ്ങും യുദ്ധം ചെയ്യും ഗുരുക്കന്മാരെയൊക്കെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ആലോചിക്കേണ്ടതാ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള കരുത്ത് അത്ര കരുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ട് എന്ന് പറയുക ആരാണോ പഠിപ്പിച്ചു തന്നത് അവനെ വകവരുത്തണമെങ്കിൽ ഇതാ പറഞ്ഞിരിക്കുക നമുക്കേതായാലും അതൊന്നും വേണ്ടല്ലോ അത്ര ആവശ്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ശരിയാക്കേണ്ട ആവശ്യമുണ്ട് ചിലപ്പോ തോന്നാറുണ്ടാവും അതുകൊണ്ട് ഭഗവാൻ വെട്ടിത്തുറക്കുന്ന ഒരു വഴി തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് നമുക്ക് അർജുനനെ പോലെയാകാനോ ഭഗവാനെ പോലെയാകാനോ ഒന്നുമല്ല നമുക്ക് നമ്മളായിട്ട് വിരാജിക്കേണ്ടതുണ്ട് എന്ന് പറയും അതിന് ഗീത ഓരോരുത്തരെയും ഓരോരുത്തരാക്കി നിർത്താൻ സഹായിക്കും അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഏതാണ് നമ്മുടെ ലോകം ഏതാണ് നമ്മുടെ ചുറ്റുപാട് എന്താണ് നമ്മുടെ കർമ്മം അത് ചെയ്യാം അത് ചെയ്യ ഈ സത്യത്തെ അറിയാം അതിൽ നിന്ന് ഓടി വേറൊരുത്തന്റെ കർമ്മം അത് പറഞ്ഞിട്ടുണ്ട് പരധർമ്മോ ഭയാവഹ മറ്റവന്റെ ജോലി നിനക്ക് ചേർന്നതല്ല ഇപ്പൊ നമ്മൾ അതിനാണ് നോട്ടം അയാളുടെ കസര അതുകൊണ്ട് ഇവരെയൊക്കെ ഞാൻ തന്നെ ശരിയാക്കിയിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ നീ ദുഃഖിക്കേണ്ട നീ നിന്റെ കർമ്മം ചെയ്യൂ കർമ്മത്തിൽ നീ വിജയശ്രീലാളിതനാകൂ അല്ലെങ്കിൽ ആകും എന്ന് പറയുക ഭഗവാൻ ഈ ഒരു ഭാവത്തോടുകൂടി നീ ഇറങ്ങി തിരിച്ചാൽ ഇനി സഞ്ജയനാണ് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് നോക്കാം സഞ്ചയ ഉവാച എതൃ വചനം കശവസ്യ കലിപ്പനക്കിരീടി നമസ്കൃവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത ഭീത പ്രണമ്യ സഞ്ജയ ഉവാച സഞ്ജയൻ പറയൂ ഇടയ്ക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്കും ഹസ്തിനപുരിയിൽ നിന്ന് കുരുക്ഷേത്ര ഭൂമിയിലേക്കും തീർത്തട്ടിലേക്കും ഒക്കെ അങ്ങനെ കൊണ്ടുപോവുക ഇപ്പം സഞ്ജയം പറയുന്നു ഏതത് ശ്രുവാ വചനം കേശവസ്യ കൃതാഞ്ജലി വേപമാന കിരീടി നമസ്കൃത ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീതഭീത പ്രണമ്യ കേശവസ ഏതത് വചനം ശ്രുവാ ഭഗവാന്റെ ഈ വാക്യത്തെ കേട്ടിട്ട് ഏത് വാക്യത്തെ ഇതാ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭീഷ്മദ്രോണ പ്രമുഖന്മാരെയൊക്കെ ഞാൻ തന്നെ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇതാ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ ഇതൊക്കെ കേട്ടിട്ട് അർജുനൻ എന്താണ് ഇവിടെ വ്യാസഭഗവാൻ സഞ്ജയനിലൂടെ പറയുന്നു കിരീടി വേപമാനഹ എന്ന് ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രയോഗമാണ് കിരീടി എന്ന് പറഞ്ഞാൽ കിരീടം ധരിച്ചിട്ടുള്ള എവിടുന്ന് ആ കിരീടം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇന്ദ്രന്റെ അടുത്ത് നിന്ന് മൂപ്പർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കിരീടം ആ കിരീടമൊക്കെ ധരിച്ചിട്ടുള്ള ഇവൻ വിചാരിച്ചു ഇവൻ കേമനായിരുന്നു എണ് ആ സകലമാന രാജചിഹ്നങ്ങളൊക്കെ തന്നെ ഇപ്പൊ എന്താ പറയുക ഇളകിക്കൊണ്ട് ഇവിടെ പറയുന്നു വേപമാനഹ വിറച്ചുകൊണ്ട് ആ കിരീടി എന്നിവിടെ പ്രയോഗിക്കുമ്പം അധികാരത്തിന്റെയും ആ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഇന്ദ്രനിൽ നിന്ന് കിരീടം കിട്ടിയിട്ടുള്ള അർജുനൻ ഇതാ ഇവിടെ വേപ്പമാനഹ ഇറ ഇളകിക്കൊണ്ട് പിന്നെയാണോ അങ്ങയുടെ കാര്യം ആരോടെ പറയുന്നത് അന്ധനായ ധൃതരാഷ്ട്രരോട് ഇതാ അർജുനന്റെ അവസ്ഥ ഇതാണ് ഉം അതുകൊണ്ട് നോക്കിയിരിക്കുക സമയമുണ്ട് ഒട്ടും വൈകിട്ടില്ല നന്നാവണമെങ്കിൽ ഇനിയും സമയമുണ്ട് എന്ന് പറയും ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ധൃതരാഷ്ട്രനോടുള്ള സഞ്ജയൻ്റെ ചില എന്താ രീതിയാണ് ആ ജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയായിരിക്കാം വേപ്പമാനഹ കിരീടി ഭീതഭീത അത്യധികം ഭീതനായിട്ട് കൃഷ്ണം ഭൂയ പ്രണമ്യ നമസ്കൃത്വ ഭഗവാനെ കൃഷ്ണനെ ഭൂയ വീണ്ടും വീണ്ടും പ്രണമ്യ നമസ്കൃത്വ അതായത് പ്രണമിച്ചുകൊണ്ട് ഏറ്റവും കുനിഞ്ഞ് നമസ്കാരാദികളെയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് അർജുന ഇത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭാവന ചെയ്യാം ചില സമയത്തുണ്ടല്ലോ നമ്മളങ്ങോട്ട് എന്താ പറയാ ഭഗവാൻ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രസാദം തന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വിനയായിരിക്കും പിന്നെ ആ ഗുരുവായൂർ നടയെന്ന് കാണിക്കുന്ന ഓരോരോ അപ്പൊ പിന്നെ സ്വാമിജി പറഞ്ഞ പോലെ ചെരുപ്പ് പോയാലൊന്നും പ്രശ്നം ഇല്ലാതൊന്നുണ്ട് ആദ്യം കിട്ടിയില്ലെങ്കിലോ ഈ പ്രശ്നം ചിലതൊക്കെ ഭഗവാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ നടന്ന് അങ്ങോട്ട് മാറാൻ തോന്നില്ല പിന്നെ അവിടെ ആ ആലിൻ്റെയോട്ടൊന്നും ഒന്നിങ്ങനെ കൈവയ്ക്കും ചിലത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കി പോവില്ല ചിലർ ചിലർ നടന്നു കഴിഞ്ഞാൽ വലിയൊരു എന്താ അവർക്ക് വലിയൊരു സ്നേഹവും ബഹുമാനവും ഇത്യാദികളൊക്കെ ഇവിടെ അർജുനനിത നമസ്കാരാദികളും പ്രണാമങ്ങളുമൊക്കെ അർപ്പിച്ച് വീണ്ടും വീണ്ടും അർപ്പിച്ചിട്ട് അധികമധികം അർപ്പിച്ചിട്ട് കൃതാഞ്ജലി കൈകൾ തൊഴുകയോട് കൂടിയിട്ടാണ് കൈ വേറെയായിട്ടില്ല അതിനു മുമ്പ് കൈയൊക്കെ വേറെയായിരുന്നു ഇപ്പൊ ഈ കൈ ഇങ്ങോട്ട് എടുക്കുന്നില്ല സ ഗദ്ഗതം ഗദ്ഗതത്തോടുകൂടിയിട്ട് ഉശിരുള്ള വാക്കുകളൊക്കെ പോയിട്ടുണ്ട് ഗദ്ഗതത്തോടുകൂടി ഏവം ആഹ ഇപ്രകാരം പറഞ്ഞു ഗദ്ഗതത്തോടുകൂടി ഇതുപോലെയൊക്കെ ഗദ്ഗതം വന്ന് ആ വിശ്വേശ്വരനോട് പറയാനുള്ള ഒരു ഒരു സംസ്കാരം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകട്ടെ അതാണ് വ്യാസൻ ഈ ഗീതാശ്രവ ഗീതാ പഠനത്തിലൂടെ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ ലോകത്തിന് കൈവരേണ്ടത് ആഗ്രഹിക്കുന്നുണ്ട് നോക്കാം എന്താണ് അർജുന ഉവാച സ്ഥാനേ കൃഷി ജഗത്യുര ീതോ ദ്രവേസ അർജുന ഉച അർജുനൻ പറയു ഭഗവനോട്ട സ്ഥഷീകേശ തവ പ്രകീർ ജഗത് പ്രഹൃഷ്യതി അനുരജത്തെ ചാസി ഭീതാതിശോ ദ്രവത്തിമസാ ഹേയ്ഷികേശ അല്ലയോ ഭഗവാനെ ഋഷി കാണാം ഈശഹ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നാഥനായ ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തവ പ്രകീർത്തിയാ അങ്ങയുടെ കീർത്തി കൊണ്ട് പ്രകീർത്തി കൊണ്ട് ജഗത് പ്രഹൃഷ്യതി ജഗത്ത് സന്തോഷിക്കുന്നു അങ്ങയുടെ കീർത്തി കൊണ്ട് ഈ പ്രപഞ്ചം സന്തോഷിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ സന്തോഷം ഭഗവത് കീർത്തി കൊണ്ടാണ് എന്നറിയാം വേറെ ഒരു നിശാക്ലബിനും തരാൻ പറ്റുന്നതല്ല സന്തോഷം ആദ്യം അറിയേണ്ടുന്നത് അതാണ് അനുരജതേച്ച അതിൽ അങ്ങേയറ്റം ആമഗ്നമായി അനുരജിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം സ്ഥാനേ അത് യുക്തം തന്നെ ഭഗവാനെ അത് അത് എനിക്ക് വളരെ ബോധിച്ച കാര്യം അത് അങ്ങേയറ്റം യുക്തം തന്നെ രക്ഷാംസി ഭീതാനി ദിശദ്രവന്തി രക്ഷാംസി രക്ഷസുകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട രക്ഷസുകൾ പിന്നെ സിദ്ധ എന്താ സിദ്ധന്മാര് ഇത്യാദി ആളുകളൊക്കെ ഇവരൊക്കെ രക്ഷാംസി രക്ഷസുകൾ ഭീതാനി ദിശദ്രവന്തി ഭയപ്പെട്ടവരായിട്ട് ദിക്കുകളിലേക്ക് ഓടുന്നു അങ്ങയെ പേടിച്ചുകൊണ്ട് ഓടാണ് ഉപനിഷത്തില് ഭീഷാസ്മാദ് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ദാവത പഞ്ച അഞ്ചാമനായ മൃത്യു ഓടിക്കൊണ്ടാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി ഓരോ വഴിക്ക് വരുന്നത് അദ്ദേഹം ഇടയ്ക്ക് വല്ലാതെ മടിയനാകും ആ സമയത്ത് പെട്ടെന്ന് എല്ലായിടത്തും ഓടിയെത്താൻ വിഷമാവുമ്പോൾ എന്ത് ചെയ്യും എന്നറിയോ ഒറ്റടിക്ക് കുറേ ആളുകളെയൊക്കെ ഒരു ട്രെയിനൊക്കെ അങ്ങോട്ട് മറച്ചിട്ടിട്ട് കുറച്ച് ആളുകളെ ഒരുമിച്ച് അങ്ങട്ടെടുക്കും അപ്പം ഓടിക്കൊണ്ട് അവരൊക്കെ ഓരോന്ന് ചെയ്യുന്നു സൂര്യൻ ഭയപ്പെട്ടുദിക്കുന്നു ഭയപ്പെടുക എന്ന് ഇവിടെ ഓടുക എന്ന് പറഞ്ഞാൽ വേറെ നിർവാഹമൊന്നുമില്ല ഭഗവാൻ ഇതിനെ മുൻപ് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അർജുനൻ മനസ്സിലാക്കിയതാ കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈഗുണൈഹി നഹി കസ്റ്റിക്ഷണമി ഒരു ക്ഷണ നേരം പോലും ഇവിടെ ഒന്നും തന്നെ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല അർജുന എന്ന് പറഞ്ഞത് ഇപ്പൊ ബോധ്യായിട്ട് തിരിച്ചു പറയേരാം അതുകൊണ്ട് ഭഗവാനെ എല്ലാവരും നാല് വഴിക്ക് ഓടിയിട്ട് അങ്ങയെ പേടിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോ പണി ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു ഓഫീസിൽ ഒരാൾ ഈ എന്താ ഈ ആളുകൾ ഇങ്ങനെ കാണാൻ വരുമേ അതിൻ്റെ ബോസിനെ സംഭാവനയ്ക്കും അതിനും ഇതിനുമൊക്കെ അപ്പം അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞു ഇതിനകത്ത് ഞാനുണ്ട് എന്ന് പറയണ്ട ഞാനുണ്ട് എന്ന് പറയണ്ട അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് അവർ ജോലി ചെയ്യണം അപ്പോഴാണ് ഒരാൾ വന്നത് ഇദ്ദേഹത്തിന് കാണാൻ സംഭാവനക്കാരനാണ് അപ്പം വന്നിട്ട് ഇദ്ദേഹം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഇവർ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒന്ന് മാറിയിരുന്നു അപ്പൊ മാറി അവിടെ ഇരുന്നു അവിടെ ഇരിക്കാനുള്ള സ്ഥലമാണ് ആളുകൾക്ക് എപ്പം വരും വന്നിട്ടേ ഞാൻ കാണ പോു എന്ന മട്ടിൽ അദ്ദേഹം അവിടെ ഇരുന്നു അത് ബോസ് പറഞ്ഞിട്ടില്ല എത്ര നേരം ഒരാളെ ഇരുത്തണം എന്ന് അതുകൊണ്ട് അദ്ദേഹം ഓരോ വീക്കിലിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാം അപ്പൊ അവിടെ കുറച്ച് പേരുണ്ട് അപ്പൊ അവരെയൊക്കെ ഇദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു ഏതായാലും ഇദ്ദേഹം അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയാം അവസാനം അകത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇവൻ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല ഞാനിവിടെ ഉണ്ട് എന്ന് ഇവൻ മനസ്സിലാക്കി അതെങ്ങനെ എന്ന് എനിക്കറിയണം അതുകൊണ്ട് അവനെ വിളിപ്പിച്ചു ചോദിച്ചു എന്താ ഞാൻ എന്തു പറഞ്ഞു എൻ്റെ അസിസ്റ്റന്റ് അവർ പറഞ്ഞു അങ്ങിവിടെ ഇല്ല അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി അതെനിക്ക് അവരെ കണ്ടാറിയാം അവര് വളരെ നന്നായി പണിയെടുക്കുന്നുണ്ട് അങ്ങിവിടെ ഇല്ലെങ്കിൽ അവർ അതിലിതിലൊക്കെ നടത്തും അതുകൊണ്ട് അർജുനന് മനസ്സിലായി കാര്യങ്ങൾ അങ്ങേ പേടിച്ചുകൊണ്ട് ആളുകൾ ഓടുന്ന ഞാൻ വിചാരിച്ചു എന്താ ഈ ഓട്ടം നോക്കുമ്പോൾ എന്താ അങ്ങയുടെ അങ്ങേ ഭയന്നിട്ടാണ് ഇവരൊക്കെ ഈ സിദ്ധന്മാരും അവരും വരും എല്ലാവരും സർവേ സിദ്ധസംഗാഹ സകല സിദ്ധ നമസ്യന്തി അങ്ങേ നമസ്കരിക്കുന്നു അങ്ങേ നമസ്കരിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം ഭഗവാനെ നമസ്കരിക്കാത്തവരായിട്ട് ആരുമില്ല പിന്നെ എന്തിനാണല്ലോ നമ്മൾ ഈ ഇങ്ങനെ വെറുതെ ഈ അഹങ്കാരമൊക്കെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമസ്കരിച്ചു നമസ്കരിക്കണം നമസ്കരിക്കുക എന്ന് ഒരു വിനയാന്വിതമായിട്ടുള്ള ഭാവം ആ പ്രപഞ്ച ശക്തിയുടെ മുൻപിൽ ഒരു നമസ്കാരം ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം ഒരിക്കലെങ്കിലും പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിന്റെ സന്തോഷം ഭഗവത് കീർത്തി കൊണ്ടാണ് എന്നറിയാം വേറെ ഒരു നിശാക്ലബിനും തരാൻ പറ്റുന്നതല്ല സന്തോഷം അപ്പൊ ആദ്യം അറിയേണ്ടുന്നത് അതാണ് അനുരജതയേച്ച അതിൽ അങ്ങേയറ്റം ആമഗ്നമായി അനുരജിക്കുകയും ചെയ്യുന്നു എന്ന് പറയാ സ്ഥാനേ അത് യുക്തം തന്നെ ഭഗവാനെ അത് അത് എനിക്ക് വളരെ ബോധിച്ച കാര്യം അത് അങ്ങേയറ്റം യുക്തം തന്നെ ി ദിശദ്രവന്തി രക്ഷാംസി രക്ഷസുകള് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട രക്ഷസുകള് പിന്നെ സിദ്ധ എന്താ സിദ്ധന്മാര് ഇത്യാദി ആളുകളൊക്കെ ഇവരൊക്കെ രക്ഷാംസി രക്ഷസുകൾ ഭീതാനി ദിശദ്രവന്തി ഭയപ്പെട്ടവരായിട്ട് ദിക്കുകളിലേക്ക് ഓടുന്നു അങ്ങയെ പേടിച്ചുകൊണ്ട് ഓടുകയാണ് ഉപനിഷത്തില് ഭീഷാസ്മാദ് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ചന്ദ്രശ്ച മൃത്യു ദാവത പഞ്ചിന്ന് അഞ്ചാമനായ മൃത്യു ഓടിക്കൊണ്ടാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി ഓരോ ഒഴിക്ക് വരുന്നത് അദ്ദേഹം ഇടയ്ക്ക് വല്ലാതെ മടിയനാകും ആ സമയത്ത് പെട്ടെന്ന് എല്ലായിടത്തും ഓടിയെത്താൻ വിഷമാവുമ്പോൾ എന്ത് ചെയ്യും എന്നറിയോ ഒറ്റയടിക്ക് കുറെ ആളുകളെയൊക്കെ ഒരു ട്രെയിനൊക്കെ അങ്ങോട്ട് മറച്ചിട്ടിട്ട് കുറച്ച് ആളുകളെ ഒരുമിച്ച് അങ്ങട്ടെടുക്കും അപ്പം ഓടിക്കൊണ്ട് അവരൊക്കെ ഓരോന്ന് ചെയ്യുന്നു സൂര്യൻ ഭയപ്പെട്ടുദിക്കുന്നു ഭയപ്പെടുക ഇവിടെ ഓടുക എന്ന് പറഞ്ഞാൽ വേറെ നിർവാഹമൊന്നുമില്ല ഭഗവാൻ ഇതിനു മുൻപ് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അർജുനൻ മനസ്സിലാക്കിയതാ കാര്യദേഹി അവശ കർമ്മ സർവപ്രകൃതി ജൈഗുണൈഹി നഹി കസ്റ്റിക്ഷണമി ഒരു ക്ഷണനേരം പോലും ഇവിടെ ഒന്നും തന്നെ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല അർജുന എന്ന് പറഞ്ഞത് ഇപ്പൊ ബോധ്യായിട്ട് തിരിച്ചു പറയേരാം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 നമസ്കരിക്കണം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വിനയാന്മിതമായിട്ടുള്ള ഭാവം ആ പ്രപഞ്ച ശക്തിയുടെ മുൻപില് ഒരു നമസ്കാരം ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് ഒരിക്കലെങ്കിലും തുടർന്ന് ഭഗവാൻ പറ അർജുനൻ പറയുന്നു കസ്മാ നരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണ അപ്പൊ ആദി കെ ഹേ അനന്ത ജഗൻനിവാസ ം അക്ഷരം സതസത് തത്പരം യത് അലയോ മഹാത്മാവേ ഭഗവാനെ ഗരീയസേ ഗരി ഗരീയസേ ബ്രഹ്മണ അപി ഗരീയസ് ഗരി ഗരീസ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായി ബ്രഹ്മണ അബി ബ്രഹ്മാവിന് പോലും ആദികർത്തേ ആദികർത്താവായിട്ടുള്ളതേ അങ്ങേക്ക് അപ്പൊ ബ്രഹ്മാവിന് പോലും ആദികർത്താവായ അങ്ങേക്ക് എന്ന് പറയുമ്പം ഒരു വസുദേവ നന്ദനനായ കൃഷ്ണനെയല്ല അർജുനൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മൂല കാരണമായിട്ടുള്ള ആള് ഇളകി കഴിഞ്ഞാൽ എല്ലാം ഇളകി എന്നാണ് അതുകൊണ്ടാണ് ഇവരെ കുറിക്കുന്ന ഒരു തമാശയുണ്ട് അതായത് ഈ ഇളകാതിരിക്കാൻ പറയുക ഭഗവാൻ അനന്തൻ ഇളകുമ്പോൾ ഭഗവാൻ ബാലൻസ് കയറ്റും ഭഗവാൻ ബാലൻസ് കയറ്റുമ്പോൾ മുകളിൽ താമരയിലിരിക്കുന്ന ആൾക്ക് ബാലൻസ് കയറ്റുക അതുകൊണ്ട് ഇളകി ആ ഒരു വലിയൊരു എന്താ പറയുക സിംബോളിക്കാണത് കണ്ടിട്ടുണ്ടോ അതില്ലേ ഇളകി കഴിഞ്ഞാൽ എല്ലാം താഴെ വിഴു എന്ന് പറയാം എന്തൊരു ബാലൻസിങ്ങാണ് അല്ലേ പാമ്പിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ആ കിടക്കാൻ പറ്റുന്ന ഒരു സാധനം നോക്കണം വഴ വഴാഞ്ഞിരിക്കണല്ലേ പക്ഷേ അതിലങ്ങനെ സുഖമായിട്ട് കിടക്കണം കിടക്കാൻ മാത്രമല്ല പൂജ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടൊരു നൂലിലൂടെ പോയിട്ട് വേറൊരാൾ അതിൻ്റെ മുകളിൽ ഇത് സർക്കസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ വടീൻ്റെ മുകളിൽ മുകളിലൊരു കുട്ടിയിരിക്കണം അത് ഇതൊക്കെ ഇതിൽ നിന്നുണ്ടായതായിരിക്കാം അങ്ങ് ആരാണ് ണഹ അഭി ആദികർത്തരേ ബ്രഹ്മാവിന് പോലും ആദികർത്താവായിട്ടുള്ള തേ അങ്ങേക്ക് കസ്മാദ് എന്ന നമേരൻ അങ്ങയെ എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല അങ് അങ്ങനാണല്ലോ എന്താ പറയുക നമസ്കാരത്തിന് യോഗ്യനായിട്ടുള്ളവൻ അങ്ങ് തന്നെ എന്താ പറയുക ആദികർത്തരേ തേ കസ്മാദ് നമേരൻ എന്തുകൊണ്ട് അങ്ങയെ നമസ്കരിക്കില്ല ഹേ അനന്ത അല്ലയോ അവസാനമില്ലാത്തവനായിട്ടുള്ള ദേവേഷ ദേവ ഈ ദേവന്മാർക്ക് മുഴുവൻ ഈശനായ നാഥനായ ജഗന്നിവാസ ജഗത്തിനു മുഴുവൻ നിവാസമായിട്ടുള്ള ഹേ ഭഗവന് ത്വം സത് അങ് സത് ഉള്ളതാണ് മൂന്ന് കാലത്തും നിലനിൽക്കുന്നതാണ് അതുപോലെ അസത് എന്താണോ ഇല്ലാത്തത് അത് എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് വളരെ എളുപ്പമാണ് ഉള്ളത് ബ്രഹ്മം നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ നാമവും രൂപവും ഇല്ലാത്തത് നാമരൂപങ്ങളാണ് പലതാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ഈ ജഗത്തിൽ ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത് എന്ന് രാമഗീതയിലെ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഏത് കയറിൽ പാമ്പിനെ ആരോപിച്ചുപോവും അപ്പൊ ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഈ നാമം രൂപം അപ്പൊ നാമരൂപങ്ങളെ അഴിച്ചു കഴിഞ്ഞാൽ നാരായണ ഗുരു പറയും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം അത് ഇളക്കമില്ലാത്ത അറിവായി നിലകൊള്ളണം ഏത് എല്ലാ നാമരൂപാധികളും അഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അസദായും സദായും അസത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കാൽ ഉണ്ടെന്ന് തോന്നുന്നത് യത് അക്ഷരം യാതൊന്നാണോ അതിനപ്പുറത്ത് നാശരഹിതമായിട്ടുള്ളത് നാശരഹിതമായിട്ടുള്ള സത്ത എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അന്ന് തന്നെ തുടരുകയാണ് ഇതൊരു ശ്ലോകം നിർത്തുന്നതല്ല തുടർന്ന് അതിന്റെ അന്വയം തുടർന്നുകൊണ്ടായിരിക്കുന്നത് നോക്കാം പരം നിധാനം വേതം പരം ചാമ യാദം വിശ്വമനന്ത ആദിവ പുരുഷ പുരാണ പരം നിധാനം വേത വേദ്യം ചരം ചാമ യാദം വിശ്വം അനന്ത ത്വം ആദിദേവഹ അങ് ആരാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാണ് ജഗത്തിൻ്റെ കാരണം അങ്ങാകുന്നു പുരാണ അങ്ങ് പണ്ടേ ഉള്ളവനാണ് അതുപോലെ ഇപ്പൊ ഉള്ളതാണ് പണ്ടുള്ളതും അതുപോലെ ഇപ്പൊ ഉള്ളതും മാറ്റത്തിന് വിധേയമല്ലാത്തതും പണ്ടേക്ക് പണ്ടേയും ഇപ്പോഴും നിലനിൽക്കുന്നത് ഒന്നു മാത്രം സത്യം ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ആ എന്താ അറിവ് എന്ന് പറയാം ആ ബോധം ആത്മസത്ത അതാണ് അങ്ങ് ബാക്കി എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് പണ്ടേക്ക് പണ്ട് അതുപോലെ ഇപ്പോഴും നവം നവം എന്ന് പറയുക അങ്ങ് പുരാണ പുരുഷ അങ്ങ് പരിപൂർണനാണ് കാരണം അങ്ങെ പൂർണ്ണനായി ഞാൻ കണ്ടുകഴിഞ്ഞു എല്ലാം അങ്ങാണ് പൂർണ്ണനായിരിക്കുന്നു എന്ന് പറയുക പൂർണ്ണ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം ഈ വിശ്വത്തിൻ്റെ പരം നിധാനം പരമമായ ആശ്രയമാണ് അങ്ങ് അങ്ങാണ് ഈ വിശ്വത്തിൻ്റെ ആശ്രയം വേത്ത അറിയുന്നവൻ വേദ്യം അറിയേണ്ടവൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഇതാണ് അറിയേണ്ടത് അറിയേണ്ടതും അറിയപ്പെടേണ്ടതും അറിയിക്കേണ്ടത് ഇതാണ് പരം ധാമച്ച പരമമായ ആശ്രയവും അറിവും അങ്ങ് അസി അങ്ങാണ് ഹേ അനന്തരൂപ അല്ലയോ അനന്തരൂപ ത്വയം ത്വയാ വിശ്വം തദം അങ്ങയാൽ വിശ്വം ഈ ലോകം മുഴുവൻ പദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അർജുനോട് ഭഗവാൻ മുൻപ് പറഞ്ഞതാണ് സൂത്രേ മണികണായിവ എന്നാൽ ഒരു ചരടെന്ന പോലെ ചരടിലെന്ന പോലെ എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ മനസ്സിലായത് മനസ്സിലായത് പറയുകയാണ് ഇതും നല്ലതാ എന്താണോ നമ്മൾ ഉൾക്കൊണ്ടത് അത് നമുക്ക് പറയാൻ സാധിക്കണം ഭഗവാൻ പറഞ്ഞതുപോലെയല്ല പറയണം എന്നാ പറഞ്ഞതുപോലെയാണ് എന്നാ തൻ്റെതാക്കി കഴിഞ്ഞു എന്ന് പറയാ ഇതാണ് ശ്രവണം മനനം നിധിധ്യാസനം പിന്നെയാണ് കീർത്തനം ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം ഉണ്ടല്ലോ കീർത്തനത്തിന്റെ ഇടയിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്താണ് മനനവും നിധിധ്യാസനവും മനന നിധിധ്യാസനത്തിൽ അർജുനന് ഇത് ബോധ്യമായി അപ്പൊ ഇത് അവതരിപ്പിക്കുക ഭഗവാൻ അങ്ങ് ആരാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയാ നമുക്ക് ഇത് ഇതുപോലെ പറയാൻ സാധിക്കണം ഇതുപോലെ പറയാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണെന്ന് പറയാൻ ഈ പരാതി പറച്ചിലൊക്കെ നിർത്തും ഗീത കേട്ട് കഴിഞ്ഞാൽ ഇനി പരാതി പറയരുതേ ഇനി നമുക്ക് പറയാനുള്ളത് ഇത് ഇതൊക്കെയായിരിക്കണം ത്വം ആദിദേവഹ പുരുഷ പുരാണ അസ്യ വിശ്വസ്യ പരം നിധാനം മുൻപിൽ പോയിട്ട് ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുൻപിലേ ശ്രീകോവിന്റെ മുൻപിൽ നിന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കോളൂ ഈ വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ സംസ്കൃതമൊന്നും വേണമെന്നില്ല എന്നേ നമ്മുടെ നിങ്ങൾക്ക് അറിയുന്ന ഹാ വെച്ച് അങ്ങോട്ട് തട്ടിക്കോളൂ അങ്ങ് എല്ലാം ഹെ ഹ എന്റെ എല്ലാം ഹാ ചേർത്താൽ സംസ്കൃതാവും അതുകൊണ്ട് ധൈര്യമായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട പലരും പല മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും ആളുകൾക്ക് വല്ലാതെ ഹ്ളിയും ഹ്ളൂവും എന്തൊരു എന്നിട്ട് പല വീടുകളിൽ പോയാൽക്കാണ് ഇത് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഭാഗവതത്തിലൊക്കെ നിങ്ങൾ കാണും മന്ത്രങ്ങൾ വളരെ ലളിതാണ് ഓം നമോ ഭഗവതദേവ് വാസുദേവായ മതി അല്ലേ ഇനി ഒന്നുമില്ലെങ്കിൽ ഓംന്ന് മാത്രം മതി ഓ മിതി ഏകാക്ഷരം ബ്രഹ്മ എന്ന് പറഞ്ഞുവല്ലോ ഭഗവാ അർജുനൻ പറയുന്നു അങ്ങ് ആരാണ് സകല ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളവനാണ് അങ്ങ് പണ്ടേക്ക് പണ്ടേ അങ്ങ് പരിപൂർണനാണ് അസ്യ വിശ്വസ്യ പരം അങ്ങാണ് ഈ വിശ്വത്തിന് നിദാനമായി നിലകൊള്ളുന്നത് അങ്ങയാണ് അറിയേണ്ടത് അങ്ങേ തന്നെയാണ് ഭഗവാൻ അറിയിക്കേണ്ടത് ഭാരതത്തില് പണ്ടുള്ളവർ അറിയിച്ചിട്ടുള്ളത് ഈശ്വരനെയാണ് അത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അതൊരു സ്വാമിയാർ വിളിച്ചിരുത്തിയിട്ടല്ല അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് അച്ഛനാണ് വീട്ടിൽ വെച്ചിട്ട് മകന് പറഞ്ഞു കൊടുത്തത് മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭർത്താവ് ഭാര്യയ്ക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പരമമായ അപ്പൊ ഇത് വീടുകളിലും എല്ലായിടത്തും ഇത് ചർച്ച നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇതിനെ കുറി ഇതായിരിക്കട്ടെ അറിയിപ്പിക്കേണ്ടത് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന വിദ്യ ഇതായിരിക്കണം അതുകൊണ്ട് അച്ഛൻ ഇത് ഉൾക്കൊള്ളണം എന്നിട്ട് മകൾ മക്കളും നമ്മളിൽ നിന്നിത് കേൾക്കട്ടെ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നതൊക്കെ എടാ ഇവിടെ ഇരിക്കി ഞാൻ കുറച്ച് നിനക്ക് പറഞ്ഞു തരാം പറയുകയാണ് ഉപദേശിക്കുകയാണെന്ന് തോന്നാനേ പാടില്ല ഭഗവാന്റെ ഇതിലെ രീതി കണ്ടിട്ടില്ലേ ഒരു ഉപദേശ രീതിയെ സ്വീകരിച്ചിട്ടില്ലാന്ന് പറയാം അവരൊരു ഒരു കുറേയൊക്കെ മൗന സംഭാഷണം ആയിരിക്കാം അല്ലെങ്കിൽ ഇതിൽ പലരും ഇടപെട്ടേനെ നിങ്ങൾ ശരിക്കും ദുര്യോധന എന്തായാലും ഇടപെടും ദുര്യോധന എന്താ അവിടെ കുറെ നേരമായ ശംഖു വിളിച്ചിട്ട് എന്താ ഇനി തുടങ്ങുക എന്ന് ചോദിക്കും അതുകൊണ്ട് ഭഗവാനെ താല്പര്യമില്ല ആരെയും അറിയിക്കാം അർജുനന് അത് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ നമുക്കിത് ആവശ്യമായി കഴിഞ്ഞാൽ നമ്മുടേതായിത്തീരും ആയിത്തീർന്നാൽ പിന്നെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണം അത് നിങ്ങൾ കുട്ടികൾക്ക് തന്നെ കൊടുക്കൂ എന്നിട്ട് അവരവരുടെ മക്കൾക്ക് കൊടുക്കട്ടെ അതുകൊണ്ട് അറിയേണ്ടവൻ അങ് തന്നെയാണ് അതുപോലെ അറിയിക്കേണ്ടവനും അങ്ങയെ തന്നെയാണ് തുടർന്ന് വായുര്യമോഗ് വരുണ ശശാകു സഹസ്രകൃത്വ പുനശ്ചൂയോപി നമോ നമസ്തേ വിശ്വരൂപദർശനം വിശ്വരൂപദർശന ശ്രവണം നമ്മളിൽ എന്ത് സംസ്കാരത്തെ ഉണ്ടാക്കി എന്നറിയാൻ ഈ ശ്ലോകം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഇനിയുള്ള കാഴ്ച ഭഗവാൻ അർജുനൻ പറയണു വായു യമഹ അഗ്നി വായു കാറ്റ് യമഹ കാലം അഗ്നി അഗ്നി വരുണഹ വരുണൻ ശശാങ്ക ചന്ദ്രൻ പ്രജാപതി ബ്രഹ്മാവ് പ്രപിതാമഹ പ്രപിതാമഹന്മാര് പ്രപിതാമഹൻ ത്വം ഏവ എല്ലാം അങ് തന്നെ ഇപ്പൊ ചന്ദ്രനെ കാണുമ്പം നമുക്കേത് മനോഭാവം ഉണ്ടായിരിക്കണം സൂര്യനെ കാണുമ്പം നിങ്ങൾ ദിവസവും അഗ്നി കാണുന്നില്ലേ ആരെ പറഞ്ഞു ഈശ്വരനെ കാണുന്നില്ലേ ഈശ്വരനെ കാണുന്നില്ല ദിവസവും ലൈറ്റ് കത്തിക്കുന്നില്ല ഇങ്ങനെ പിഷ്കാം പിഷ്കാം നാക്കിയിട്ട് ഇതെന്തൊരുല്ല ഇതാണ് കഥന്നില്ല കഥന്നില്ല ഇല്ല ഏറ്റവും കൂടുതൽ ഈശ്വരനുമായി സമ്പർക്കത്തിൽ കഴിയുന്നവരാരാന്ന് വെച്ചാൽ അമ്മമാര് തന്നെ ഇവർ അഗ്നിഹോത്രികൾ അത് വേറെ അതെ അവര് തീപ്പെട്ടിയൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട് അതിലുപരി നമ്മളാണല്ലോ അഗ്നി സമ്പർക്കം ചെയ്യുന്നവര് അതാരാണ് അങ്ങാണ് ഓ ഇന്ന് അമ്പലത്ത് പോകാൻ പറ്റിയില്ലല്ലോ എന്റെ ഈശ്വര കൃഷ്ണ എന്നോട് ക്ഷമിക്കണേ ഇതേ അങ്ങനെയല്ലേ ഇരിക്കുന്നത് വിശ്വരൂപം കേട്ട് ഇതും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ അഗ്നി കാണുമ്പോൾ നമുക്ക് വലിയ ഇനിയിപ്പൊ ഗ്യാസും തുറന്നു വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കണ്ട അവസാനം അത് വലിയ പ്രശ്നമാവും ചിലപ്പോ അങ്ങനെയൊക്കെയാ നമ്മളെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ബുദ്ധിമുട്ട് അതൊരു നാഷണൽ വേസ്റ്റ് ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലോ ഈ കരിയിലയോ ചവലയോ ഒക്കെ വേണമെങ്കിലോ ഒരു കോർണറിൽ കൊണ്ടുപോയി തീ കൊടുത്തിട്ട അങ്ങനെയൊക്കെ ം അഗ്നി ത്വം വായുഹു ത്വം ചന്ദ്ര സഹസ്ര കൃത്വ അങ്ങേക്ക് ഞാനിതാ ആയിരമായിരം നമസ്കാരങ്ങൾ കുറച്ചൊന്നുമില്ല അനന്തമായ എണ്ണിയാൽ ഒടുങ്ങാത്ത ആയിരമായിരം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് അതല്ലേ നമുക്കെല്ലാം നമ്മൾ ഈ യാന്ത്രികമായി കഴിയും കാരണം നമ്മൾ ഗായത്രി ജവിക്കുമ്പോൾ കല്ലെടുത്തു വയ്ക്കുമല്ലോ പിന്നെ ഒരു കല്ലു പോയ ആകെ പ്രശ്നമായി ആയിരെന്ന് പറയുമ്പം അന എന്റെ എന്റെ എന്റെ എല്ലാ പ്രവൃത്തികളും എന്റെ പ്രാണൻ അങ്ങേക്കുള്ള നമസ്കാരമാണ് ഞാൻ നടക്കുന്നത് അങ്ങയുടെ നമസ്കാരമാണ് എന്റെ എല്ലാം അങ്ങേക്കുള്ള നമസ്കാരമാണ് അതുകൊണ്ട് നമഹ നമഹ അസ്തു ഭഗവൻ അങ്ങേക്ക് അധികമധികം നമസ്കാരം ഭൂയ അഭി പുനഃ ച തേ നമഹ് എന്തൊരു നമ ഇതാണ് എന്താ പറയുക വിനയാന്വിതമായ നമസ്കാരാൻവിതമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ചിലരുണ്ട് നമസ്കാരം കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും അതൊരു വല്ലാത്തൊരു ഒരു സ്വാമി പറയുന്നത് ഈ യാന്ത്രികമായിട്ടുള്ള ദണ്ഡ നമസ്കാരമല്ല ആ ഒരു സമീപന ഈ വിശ്വത്തെ നോക്കുന്നതിൽ ഒരു പൂവിനെ കാണുന്നതിൽ അഗ്നിയെ കാണുന്നത് സൂര്യനെ കാണുന്നത് ഈ വിശ്വത്തെ മുഴുവൻ കാണുന്നത് അത്തരത്തിലായിരിക്കണം അവിടെ അഹങ്കാരത്തോടുകൂടിയല്ല ആ ഒരു എന്താ പറയുക വിദ്യ കൊണ്ടുള്ള വിനയമുണ്ടല്ലോ അതിനെയാണ് ഇവിടെ പറഞ്ഞത് അധികമധികം അങ്ങേക്ക് നമസ്കാരം ഇത് നിങ്ങൾ നോക്കൂ പുതിയ ശ്രോതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കുക വരും നാളുകൾ വരും ദിവസങ്ങൾ ഇന്നലെ കണ്ട ചന്ദ്രനാണോ ഇന്ന് ഞാൻ കാണുന്നത് ഇന്നലെ കണ്ട സൂര്യനാണോ ഇന്ന് ഞാൻ കാണുന്നത് ഇന്നലെ കണ്ട അഗ്നിയാണോ ഒരു പുതിയ മാറ്റം അല്ലെങ്കിൽ ഒരു നമസ്കാരം തോന്നുന്നുവെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം ഗുരു അനുഗ്രഹം ശാസ്ത്രാനുഗ്രഹമൊക്കെ നമ്മളിങ്ങനെ പ്രകടമാകാൻ തുടങ്ങി അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് എൻ്റെ ഇവിടെ ഒരു ചൈതന്യമില്ലേ ഒരു ഒരു ഓറ ഗീത കേട്ടിട്ട് അതൊന്നും ഉണ്ടാവില്ല എന്നു ഉള്ളതില്ലാതെ ആവുകയുള്ളു അങ്ങനെ അത് ആരോ പറഞ്ഞിട്ട് ഒരു ക്രില്യം ക്യാമറ കിട്ടിയാൽ ഒന്ന് നോക്കണമായിരുന്നു അത് വേറെ വിഗ് വെക്കുന്നതിന് മുമ്പ് വിഗ് വെച്ചതിന് ശേഷം ഗീത കേൾക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഗീത കേട്ടതിന് ശേഷം നൂറ്റിയെട്ട് ദിവസമൊക്കെ കാഴ്ചപ്പാടിലാണ് ഇന്നലെ കണ്ട സൂര്യനല്ല ഞാൻ വിശ്വരൂപത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സൂര്യൻ ഏതാ സൂര്യൻ നാരായണൻ ഇതാ ചന്ദ്രൻ അഗ്നി ജലം വായു പൃഥ്വി അല്ലാണ്ട് തന്നെ ഭൂയ ഭൂയ തേ നമഹ വീണ്ടും വീണ്ടും അങ്ങേക്ക് നമസ്കാരം അർജുനൻ വീണ്ടും ഭഗവാനോട് ചിലതൊക്കെ പറയുന്നുണ്ട് നമുക്കത് നാളെ കാണാം